ൂപനിഷത് അദ്ധ്രഹ്മിത്മാനവാകം യുവേദനിഹിതം ഗുഹായം പരമേം വ്യോമൻ പ്രധാഭാഗമാണ് വ്യാഖ്യാനിക്കുന്നത് യഥാ വ്യാഖ്യാതം ബ്രഹ്മ യോഗയുടെ വിജാനാതി നിഹിതം ഗുഹായ സ്ഥിതം ഗുഹായ തദ്ധാ വ്യാഖ്യാതം ബ്രഹ്മ ബ്രഹ്മത്തെ ശ്രുതി തന്നെ വ്യാഖ്യാനിച്ചു സത്യജ്ഞാനം അനന്തം എന്നിങ്ങനെ വ്യാഖ്യാനിച്ചു അത് ബ്രഹ്മത്തിന്റെ വ്യാഖ്യാനമാണ് അങ്ങനെ ശ്രുതി വ്യാഖ്യാനിച്ചതായ ശ്രുതി വ്യക്തമാക്കിയതായ ബ്രഹ്മം അതിനെ യോഗ്യത വിജാനാദി അതിനോ അറിയുന്നത് സത്യജ്ഞാൻ അനന്തരൂപത്തിലുള്ള ആ തറിയുന്നത് ഗുഹാസ്ഥിതനായി ഗുഹയിൽ സ്ഥിതി ചെയ്യുന്നവനായി ആരാണോ അറിയുന്നത് എന്താണ് ഗുഹ പറയുന്നു ഗുഹധാതുർത്ഥം ഒളിക്കുക പൊതിയുക മറയ്ക്കുക എന്നൊക്കെയാണ് സംവരണി എന്നാണ് അതെന്നാണ് ഗുഹ മറ്റുള്ളതിനെ മറക്കുന്നത് ഒളിഞ്ഞിരിക്കാൻ ആളയിടം അതാണ് ഗുഹദേഹേ ഗുഹധാതു ഗുഹദേഹം എന്ന് വെച്ചാൽ ഗുഹധാതു ആ ധാതു സംവരണാർത്ഥ സ്യ സംവരണാർത്ഥത്തിലുള്ളത് ആ ധാതുവിന്റെ രൂപമാണ് ഗുഹ എന്നാണ് ഗുഹായാമെന്ന് പറഞ്ഞാൽ എന്താ താൽപര്യം നിഗൂഢ അസ്യാംയർ അസ്യം ഈ ഗുഹയിൽ ഇവ മൂന്നും നിഗൂഢമായിരിക്കുന്നു ഒളിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ഇവയെ ഇതാവരണം ചെയ്തിരിക്കുന്നു അങ്ങനെ ആവരണം ചെയ്യുന്ന ഏതോ ഇതി ഗുഹ അതാണ് ഗുഹ അപ്പോൾ ഇവിടെ എന്തായി ഗുഹ ബുദ്ധി ഗുഹ എന്നുള്ളതിലൂടെ ഭാഷകാരനാർത്ഥം പറഞ്ഞത് ബുദ്ധി എന്തുകൊണ്ട് അത് ജ്ഞാനം ജയ ഞാതർ പദാർത്ഥങ്ങൾ എന്ന് പറയുമ്പോൾ പ്രാപഞ്ചികമായ സർവത്തെയും തന്നിൽ അത് ഒളിപ്പിച്ചിരിക്കുന്നു പ്രപഞ്ചം മുഴുവൻ അതിനെ ആശ്രയിച്ച് പ്രകാശിക്കുന്നു അപ്രപഞ്ചത്തെ പ്രകാശിപ്പിക്കുന്നത് ഏതു അതാണ് ബുദ്ധി എന്ന് ജ്ഞാതാവായി പ്രകാശിക്കുന്നു പ്രപഞ്ചം അതുതന്നെ ജ്ഞാനമായും പ്രകാശിക്കും അതിന് വെളിപ്പെടാൻ ബുദ്ധിയല്ലാതെ വേറൊരു സ്ഥലമില്ല അതുകൊണ്ട് അതിനെ വെളിപ്പെടുത്തുന്ന തല രീതിയിൽ ബുദ്ധിക്ക് ഗുഹ എന്നർത്ഥം ഗുഹായ എന്തായി ഗുഹയിൽ സ്ഥിതി ചെയ്യുന്നവനായി ബുദ്ധിയിൽ സ്ഥിതി ചെയ്യുന്നവനായി ആരാണോ ബ്രഹ്മത്തെ അറിയുന്നത് അങ്ങനെ അർത്ഥം കിട്ടാൻ ഇത് വ്യാഖ്യാനിക്കുന്നത് ഇനി ഗുഹ എന്നുള്ളതിന് ുദ്ധിയെ നമ്മൾ ഗ്രഹിക്കണം എന്തുകൊണ്ട് വേറെ ഈ സമാനം പറയുന്നു ഗൂഢൗ അസ്യാം ഭോഗ അപവർഗവും ഇതിവ അങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം പുരുഷാർത്ഥം എന്ന് പറയുന്നത് ഒന്ന് ഭോഗം മറ്റൊന്ന് അപവർഗം ഭോഗം ലൗകികമായ സുഖദുഃഖാനുഭവങ്ങൾ സുഖമായാലും ദുഃഖമായാലും അനുഭവങ്ങളെല്ലാം ഭോഗമാണ് മറ്റൊന്ന് അപവർഗം ഈ ഭോഗത്തിൽ നിന്നുള്ള മോചനം സുഖ ദുഃഖാനുഭവങ്ങളിൽ നിന്നുള്ള മോചനം അപവർഗം ഇത് രണ്ടാണ് പുരുഷാർത്ഥം രണ്ടേ ഉള്ളു പുരുഷാർത്ഥമാണ് ധർമാർത്ഥം കാമം എന്നെല്ലാം പറയുന്നതെല്ലാം ഭോഗത്തിൽപ്പെടും മൂന്ന് മോക്ഷം എന്ന് പറയുന്ന അതുകൊണ്ട് പുരുഷാർത്ഥത്തെ ഇവിടെ രണ്ടായി പറയുന്നു രണ്ടേ ഉള്ളൂ അതിന് വിശദീകരിച്ചാണ് നാലായി പറയുന്നത് ആ പുരുഷാർത്ഥങ്ങൾ അവ രണ്ടും ഗൂഢമായിരിക്കുന്നത് ഏതെന്നിലാണോ ഏതൊന്നിലൂടെയാണോ അത് വെളിപ്പെടുന്നത് അതിലൊളിഞ്ഞിരുന്നു അതിൽ നിന്ന് വെളിപ്പെടുന്നു സർവവും ബുദ്ധിയാശ്രയിച്ച് ബന്ധവും മോക്ഷവും അതാണ് സാധാരണ പറയുന്നത് മനസ്സാണോ ബന്ധമോക്ഷങ്ങൾക്ക് കാരണം മനസ്സിനെ ആശ്രയിച്ച് ബന്ധമോക്ഷങ്ങൾ നിൽക്കുന്നു അതിനാണ് ഇവിടെ ബുദ്ധി എന്ന് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ആ ബന്ധമോക്ഷങ്ങൾക്ക് ആശ്രയമായിരിക്കുന്നു ഏതെന്നാണോ ബന്ധമോക്ഷങ്ങളെ വെളിപ്പെടുത്തുന്നത് ജീവന് അത് ബുദ്ധി അങ്ങനെയുള്ള ബുദ്ധിയിൽ ആകാശ് അഭ്യാകൃതാ നിഹിതം ഗുഹായാം എന്ന് പറഞ്ഞിട്ട് പരമേ വ്യോമൻ എന്നുള്ള ഗുഹായെന്ന് പറയുന്നത് സപ്തമി വ്യോമൻ എന്ന് പറയുന്നത് സപ്തമിയാണ് സപ്തമിന് വ്യോമിനി എന്ന് പറയും പക്ഷെ വേദമായതുകൊണ്ട് സപ്തമി വിഭക്തി ലോപിച്ച് ലോപിച്ചിട്ട് വ്യോമൻ എന്നായി അതാണ് വ്യോമൻ ഭാഷകാരൻ പറഞ്ഞ് വ്യോമിനി വ്യോമ എന്ന് പറഞ്ഞാൽ ആകാശം ഇവിടെ എന്താണ് അയാകൃതാക്കി അവ്യാകൃതം എന്ന ആകാശം അവിടെ ആകാശം ഈ ഭൂതാകാശമല്ല അവ്യാകൃതമായ ആകാശം മായാ തത്വം അത് തന്നെ അവ്യാകൃത ആകാശം അപ്പൊ ഇവിടെ രണ്ടുതരത്തിൽ ഭാഷകാരം വ്യാഖ്യാനിക്കും ഒന്ന് നിഹിതം ഗുഹായാം ആ ബ്രഹ്മം ബുദ്ധിയിൽ നിഹിതമാണ് അങ്ങനെ ബുദ്ധിയിൽ നിഹിതമായിരിക്കുന്ന ആ ബ്രഹ്മം പരമേ യോമിനി ആ മായാതത്വത്തിൽ നിഹിതമായിരിക്കുന്നു അങ്ങനെ രണ്ടു തരത്തിൽ രണ്ടു തരത്തിൽ വ്യാഖ്യാനിക്കും ഇപ്പം രണ്ടിടത്തും രണ്ടു തരത്തിലാണ് സപ്തമി അന്വേഷിക്കുന്നത് ഇതിന് വ്യഥികരണ സപ്തമി എന്ന് പറയും അഭേദമായിട്ടുള്ള ആ ബുദ്ധിഗുഹയിൽ നിഹിതമായിരിക്കുന്ന ആ ബ്രഹ്മം അത് അവ്യാകൃത തത്വത്തിൽ നിഹിതമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ രണ്ടു ഒന്നല്ല ഗുഹ എന്ന് പറയുന്ന വേറെയായി പരമേം വ്യോമിനിയും പരമാകാശം അവ്യാകൃതം അത് വേറെ രണ്ടു രണ്ടായി സാനഗതിയിൽ അങ്ങനെ പദങ്ങൾ വരുമ്പോൾ അഭേദമായിട്ട് അന്വിക്കുന്നു മറിച്ചു ആകാം ആ രീതിയിൽ ആദ്യം വ്യാഖ്യാനിക്കുന്നു അപ്പോൾ എല്ലാർത്ഥം അങ്ങനെ വരും തത്വത്തിൽ അതും ശരിയാണ് എന്താണ് ബുദ്ധിയാകുന്ന ഗുഹയിൽ സ്ഥിരനായിരിക്കുന്ന ബ്രഹ്മം അത് ആ മായാതത്വത്തിൽ അവ്യാകൃത ആകാശത്തിൽ അത് സ്ഥിതി ചെയ്യുന്നു എന്തുകൊണ്ടങ്ങനെ പറയുന്നു അത് പരമകാരണമായിരിക്കുന്നു അവ്യാകൃതം അതിൽ നിന്നാണ് സർവ സൃഷ്ടിയും ആരംഭിക്കുന്നത് ആ അവ്യാകൃത തത്വം മായാതത്വം ഉപാധിയായിരിക്കുന്ന ഇതാണ് ീശ്വരൻ കരിബ്രഹ്മൺ ഹിരണ്ഗർഭൻ ഇങ്ങനെയെല്ലാം പറയും ബുദ്ധി അതുപാധിയായിരിക്കുന്നതാണ് ജീവൻ ബുദ്ധി ആകുന്ന ഉപാധിയിലിരിക്കുന്നു അതുതന്നെ മായാതത്വം എന്ന ഉപാധീനം ഇരിക്കുന്നു രണ്ടിടത്തും ഒരു തത്വം തന്നെയാണ് ഇരിക്കുന്നു ഇതെല്ലാം വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ വ്യാഖ്യാനിക്കുന്നു നിഹിതം ഗുഹായാം പരമേ വ്യോമി തദ്ധി പരമം വ്യോമ വേദസ്മിൻ ധില്ലോക്ഷരേ ഗാർഗി ആകാശ ബൃഹാരണ്യത്തിൽ ഗാർഗിയോട് ഉപദേശിക്കുമ്പോൾ രാജ്ഞം പറയുന്നു എന്താണ് അതാണ് പരമാകാശം എന്നുവെച്ചാൽ ഈ ആകാശമല്ല ഇതൊരാകാശമാണ് ഭൂതാകാശം പക്ഷെ ഇതിനുണ്ട് അവ്യാകൃത ആകാശം ഭൂതാകാശത്തിനും കാരണമായിരിക്കുന്നതാണ് ആകാശം എന്ന് പറഞ്ഞാൽ നിലനിൽപ്പിന് ആധാരം എന്നാണ് ഈ ആകാശം ഭൂതാകാശവും നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ ഉണ്മയുണ്ട് എന്റെ സത്തം നമ്മൾ അനുഭവിക്കുന്നു ആകാശം ഇവിടെയുണ്ട് നമ്മുടെ മുമ്പിനുണ്ട് നമ്മൾ കാണുന്നു എന്നെല്ലാം പറയും അതിന്റെ നിലനിൽപ്പിന് ഒരു ആധാരം വേണം എന്താണോ അത് വ്യാപൃത ആകാശം ഈ ആകാശത്തേക്കാൾ സൂക്ഷ്മവും ഈ ആകാശത്തിന് കാരണമായിരിക്കുന്നതും ആകാശത്തിന് കാരണമായിരിക്കണമെങ്കിൽ അത് ആകാശത്തേക്കാൾ സൂക്ഷ്മവുമായിരിക്കും ആകാശത്തേക്കാൾ വ്യാപകവുമായിരിക്കും കാരണം എപ്പോഴും കാര്യത്തേക്കാൾ സൂക്ഷ്മവും കാര്യത്തേക്കാൾ വ്യാപകവുമായിരിക്കും ആകാശത്തെ ബ്രഹ്മത്തെക്കുറിച്ച് പരാമർശിക്കുന്നിടത്ത് ഗുരുദാരണ്യത്തിലും പരാമർശിക്കുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ വ്യാകൃതാകാശം അതിനെടുക്ക ഗുഹായാം വ്യൂമിനീതിവാ സമാനാധിക വ്യാകൃത ആകാശമേവ ഗുഹ ഇനി സപ്തമിയെ സമാനാധികമായി സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ രണ്ട് പദങ്ങളിൽ നിന്ന് രണ്ടു വ്യത്യസ്ത അർത്ഥം കിട്ടത്തില്ല ഒരർത്ഥമേ കിട്ടും സമാനഭിക്തിയുള്ള പദങ്ങൾ പരസ്പരം അന്വയിക്കുമ്പോൾ ആ സമാന വിഭക്തികളെ അഭേദമായിട്ട് വിഭക്തി അർത്ഥത്തിൽ എടുത്തുകഴിഞ്ഞാൽ ഒരർത്ഥം കിട്ടും അല്ലെങ്കിൽ വ്യതികരണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ രണ്ട് ഭിന്നാർത്ഥം കിട്ടും ഇതൊക്കെ യുക്തി സാഹചര്യവും ഭാഷാ അനുസരിച്ച് വ്യാഖ്യാനിക്കുമ്പോൾ സ്വീകരിക്കും അതുകൊണ്ട് ഗുഹായാം വ്യോമിനി രണ്ടും സപ്തമിയാണല്ലോ അഭേദമായി എടുക്കുക സമാന സമാനാധികരണ സമാനാധികരണം എന്ന് പറഞ്ഞാൽ ഇവിടെ സമാന വിഭക്തി രണ്ട് പദങ്ങളിൽ വന്നാൽ ആ രണ്ട് പദങ്ങൾക്ക് സമാനാധികരണ്യുണ്ടെന്ന് പറയും അങ്ങനെ വന്നുകഴിഞ്ഞാൽ എന്താണ് അവ്യാകൃത ആകാശമേവ ഗുഹ ഇവിടെ ഗുഹ എന്ന് പറയുന്ന അവ്യാകൃത ആകാശം തന്നെ പത്രാവിന്ദഗൂഢ സർവേ പദാർത്ഥ തിഷു കാരേഷു കാരണത്വ സൂക്ഷ്മതരത്വ ആ പരമാകാശത്തിൽ മായാതത്വത്തിൽ നിഗൂഢ സർവേ പദാർത്ഥ ജീവന്റെ തലത്തിൽ സർവ്വപദാർത്ഥങ്ങളും ജ്ഞാതാവ് ജ്ഞാനം ജേയം മൂന്നായി പിരിയുന്നു മൂന്നിൽ ജഗത്ത് അന്തർഭവിച്ചു അതുകൊണ്ട് പറയുന്നു ബുദ്ധിക്കകത്ത് സർവവും സ്ഥിതി ചെയ്യുന്നു അല്ലാതെ മേശയുടെ പുറത്ത് പുസ്തകം ഇരിക്കുന്നു എന്ന് പറയുന്നതുപോലെ പറയുമല്ലോ അതുപോലെ ബുദ്ധിയിൽ സർവപദാർത്ഥങ്ങളും ഇരിക്കുന്നു എന്നല്ല ഞാതൃയജ്ഞാന പദാർത്ഥങ്ങൾ ബുദ്ധിയിൽ വെളിപ്പെടുന്നു അതുകൊണ്ട് ബുദ്ധിയിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നു നമ്മൾ സാധാരണ പറയാറുണ്ട് ആ പുസ്തകം പ്രകാശത്തിലിരിക്കുന്നു എന്ന് പറഞ്ഞ എന്താർത്ഥം പുസ്തകത്തിന്റെ ആധാരം പ്രകാശമൊന്നുമല്ല പുസ്തകം ഇരിക്കുന്ന മേശപ്പുറത്താണ് എന്നാലും നമ്മൾ പറയുക എന്താണോ പുസ്തകം ഇപ്പൊ ഇരുട്ടില്ലല്ലോ പ്രകാശത്തിലാണോ പ്രകാശത്തിനൊരു സ്വഭാവം ഉണ്ടെന്താണ് അത് പുസ്തകത്തെ ഉൾക്കൊള്ളുന്നു അതിലൂടെ പുസ്തകം വെളിപ്പെടുന്നു അതുപോലെ പദാർത്ഥങ്ങളെ മൂന്നായി തിരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ജ്ഞാനം ജേയം ഇന്ന് മൂന്നായി തിരിച്ചു ഈ മൂന്നും പ്രകാശിക്കുന്ന അതാണ് ബുദ്ധി അതുകൊണ്ട് സർവേ പദാർത്ഥാഹ സർവ്വ പദാർത്ഥങ്ങളും സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തത്രാപി ഈ മായാതത്വത്തിന് സ്ഥിതി ചെയ്യുന്നു എങ്ങനെ തൃശ്ശൂകാലേഷ മൂന്ന് കാലത്തിലും കാലത്തോടുകൂടി ദേശത്തോടുകൂടി എന്തുകൊണ്ട് കാരണത്തോ അതാണ് സർവ്വസൃഷ്ടിക്കും കാരണമായിരിക്കുന്നത് ഈശ്വരൻ സൃഷ്ടികർത്താവ് ഈശ്വരന്റെ ഉപാധി സൃഷ്ടിക്കുള്ള ഉപാധാനമായി സൂക്ഷ്മതരുത്വച്ച ആകാശത്തെയും അത് സൃഷ്ടിക്കുന്നു ായിരിക്കുന്ന സൂക്ഷ്മമായിരിക്കുന്ന ആകാശം എവിടെ നിന്നാണോ പ്രകടമാകുന്നത് അത് അതിന് സൂക്ഷ്മമായിരിക്കും അതുകൊണ്ട് പറയും സൂക്ഷ്മ തരമാണ് ആകാശവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ആകാശത്തേക്കാൾ അത് സൂക്ഷ്മമാണ് തസ്മിൻ അന്തർനിഹിതം ബ്രഹ്മ അവിടെ നിഹിതമായിരിക്കുന്നു ഭ്രമം ഒളിഞ്ഞിരിക്കുന്നു പ്രാകൃത ബുദ്ധികൾക്ക് വെളിപ്പെടാതിരിക്കുന്നു രണ്ടു തരത്തിലും വ്യാഖ്യാനിച്ചിട്ട് രണ്ടു തരത്തിലും വ്യാഖ്യാനിക്കാം അതായത് വ്യാഖ്യാനത്തിനൊരു നിയമമുണ്ടെന്താണോ ഓരോ ആചാര്യന്മാരും സ്വീകരിക്കുന്നു അവര് സ്വീകരിച്ചിരിക്കുന്ന തത്വത്തിന് വിരോധം വരാൻ പാടില്ല പക്ഷെ ആ തത്വത്തിന് അനുകൂലിക്കുന്ന തരത്തിൽ പലതരത്തിലും വ്യാഖ്യാനിക്കണം ഒരു തരത്തിലേ വ്യാഖ്യാനിക്കാവുന്നില്ല ഭാഷയുടെ സ്വഭാവമാണ് അത് പല അർത്ഥത്തിനും വഴങ്ങുന്ന ശബ്ദത്തിനും നാനാർത്ഥമുണ്ട് വാക്യങ്ങൾക്കും നാനാർത്ഥമുണ്ട് ഇന്നതാണ് ഇതിന്റെ അർത്ഥമെന്ന് വാശി പിടിക്കാൻ കഴിയില്ല പക്ഷെ സ്വയം സ്വീകരിച്ചിരിക്കുന്ന തത്വത്തിന് വിരോധമായി വരാനും പാടില്ല അപ്പൊ തത്വത്തിന് വിരോധമല്ലാത്ത രീതിയിൽ തന്നെ വ്യാഖ്യാനിച്ചു ഇങ്ങനെയുമാകാം അത്തരം വ്യാഖ്യാനങ്ങളെ ഏകദേശീയ വ്യാഖ്യാനങ്ങൾ സിദ്ധാന്തത്തിന്റെ ഓരോ ഭാഗങ്ങളെ പരാമർശിക്കുന്നു സിദ്ധാന്തത്തെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നില്ല ഇങ്ങനെയെല്ലാം വ്യാഖ്യാനിക്കുന്നതിന് ദോഷമുണ്ട് അതുകൊണ്ട് പറയുന്നു ഹാർദമേവത്ത് പരമം വിജ്ഞാനത്വേനോ ഉപാസന അംഗത്വനോ വ്യോമിനോ വിവക്ഷിതത്വ ഹൃദയാകാശത്തെ തന്നെ ഇവിടെ സ്വീകരിക്കുക പരമം ആകാശം പുറമെയുണ്ട് അതല്ല ഹൃദയാകാശമുണ്ട് അതിനെ തന്നെ പരമമായ വ്യോമ എന്നറിയുള്ളൂ എന്തുകൊണ്ട് വിജ്ഞാന അംഗത്വേന ഉപാസന അംഗത്വേന വ്യോമിനോ വിവക്ഷിതത്വ സർവത്ര ആത്മാവിന്റെ ദേശത്തെ പറയുമ്പോൾ പറയും ഹൃദയം ഹൃദയത്തിലാണത് എന്തിനു വേണ്ടി ഉപാസനിക്കുന്നതിന് വേണ്ടി അത് ഉപാസനയുടെ ഭാഗമാണ് ഒരാലംബനം വേണം അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഏകാഗ്രമായി ചിന്തിക്കാൻ ആലംബനമില്ലാതെ സാധ്യമല്ല അതുകൊണ്ട് ഹൃദയത്തെ പറയും അത് മായാതത്വമാണ് അവ്യാകൃതമാണ് എന്ന് പറഞ്ഞാൽ ശരിയാകില്ല കാരണം മായാതത്വം അവ്യാകൃതം എന്ന് പറയുന്നത് പരോക്ഷമായിരിക്കുന്നു ഈശ്വരൻ പരോക്ഷമായിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈശ്വരന്റെ ഉപാധിയും പരോക്ഷമാണ് ജീവനത് പ്രത്യക്ഷമാവും മയാതത്വം അമ്പ്യാകളും എന്താണ് നാമരൂപങ്ങളൊന്നും പ്രകടമാകാത്ത ഒരവസ്ഥ അതെന്താണത് ജീവനെ വെളിപ്പെടുന്ന ഒരു കാര്യമല്ല അങ്ങനെ വ്യാഖ്യാനിക്കുമ്പോൾ വരുന്ന ദോഷം ഇതിനെ പരോക്ഷമായി ബോധിപ്പിക്കുന്നു ഈ ഉപാധിയിൽ സ്ഥിതി ചെയ്യുന്നു മായാതത്വമാകുന്ന ഉപാധിയിൽ എന്ന് പറയുമ്പോൾ മായതത്വമാകുന്നു ഉപാധി പരോക്ഷമായി അത് സ്ഥിതി ചെയ്യുന്ന തത്വവും പരോക്ഷമാണ് ഇവിടെ ശ്രുതി ബ്രഹ്മത്തെ ബോധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അപരോക്ഷമായിട്ടാണ് അപരോക്ഷമായി ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആത്മശബ്ദം ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ബ്രഹ്മം എന്നു മതി ബ്രഹ്മം എന്ന് പറയുമ്പോൾ എന്തുവരും പരോക്ഷ വലുതായത് മഹത്തായത് ബൃഹത്തായത് വ്യാപകമായത് എന്ന് പറഞ്ഞാലത് പരോക്ഷമാണ് അന്യമായ എന്തോ ഒന്നിനെ കുറിച്ച് പറയുന്നു ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ വയ്യാത്തോന്നിനെ കുറിച്ച് അപരോക്ഷത അങ്ങനെയല്ല അപരോക്ഷത്തി വേണ്ടിയിട്ടാണ് സർവത്ര ആത്മശബ്ദം ഉപയോഗിക്കുന്നത് അത് താൻ തന്നെ തന്റെ സ്വരൂപം തന്നെ നീ തന്നെ താൻ തനിക്കൊരിക്കലും പരോക്ഷമായിരിക്കത്തില്ല വാസ്തവത്തിൽ തനിക്ക് അപരോക്ഷമായിരിക്കുന്ന ഒന്നു മാത്രമേ ഉള്ളൂ താൻ മറ്റേ പ്രപഞ്ചത്തിലൊന്നും തന്നെ തനിക്ക് അപരോക്ഷമല്ല ശബ്ദസ്പർശ രൂപ രസഗന്ധരൂപത്തിൽ പ്രത്യക്ഷമായിരിക്കുന്ന സർവ്വതും പരോക്ഷമാണ് എന്തുകൊണ്ട് ഈ ശബ്ദാദിവിഷയങ്ങളെ ഇന്ദ്രിയങ്ങൾക്ക് പൂർണമായി ബോധിപ്പിക്കുന്നതിന് കഴിയില്ല ഭാഗികമായി ഗ്രഹിക്കും ഭാഗികമായി ഗ്രഹിച്ചാൽ അത് പരോക്ഷം അത് അപരോക്ഷമുണ്ട് നാമരൂപങ്ങളൊന്നും അല്ല പൂർണ്ണതയെ ഗ്രഹിക്കാൻ ജീവനെ ഗ്രഹിപ്പിക്കാനുള്ള ശേഷി ഇന്ദ്രിയങ്ങൾക്കില്ല ഒന്നിനെ ഒരു വസ്തുവിനെ നമുക്ക് പൂർണ്ണമായി ഗ്രഹിക്കാൻ പറ്റത്തില്ല ഒരു വസ്തുവിനെ ഭാഗികമായി അറിയുന്നെന്ന് പറഞ്ഞാൽ അത് പരോക്ഷം ഇന്ദ്രിയങ്ങളുടെ സൃഷ്ടി ആ തരത്തിലാണ് മഹത്താണ് ബ്രഹത്വാണ് ഇനി പ്രത്യക്ഷമാണ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും ശരി അതെല്ലാം പരോക്ഷം തന്നെയാണ് പക്ഷേ ആത്മാ എന്ന് പറയുമ്പോഴോ ബുദ്ധി ആത്മാ മനസ് അവിടെ പ്രകാശിക്കുന്നത് അപ്പൊ തന്റെ ബുദ്ധിയിലൂടെ പ്രകാശിക്കുന്നത് അത് അപരോക്ഷമാണ് അതിനെ അപരോക്ഷം എന്ന് പറയാൻ പറ്റും എന്തുകൊണ്ട് ആ പ്രകാശത്തിൽ സംശയമില്ല അജ്ഞാനമില്ല ഒന്നുമില്ല തന്റെ അസ്തിത്വത്തിൽ ആർക്ക് സംശയം വരത്തില്ല തന്റെ അസ്തിവത്തിൽ ആർക്കും അജ്ഞാനവും ഇല്ല അജ്ഞതയില്ല എന്നുവെച്ചാൽ ഞാനുണ്ടോ ഇല്ലയോ അങ്ങനൊരു സംശയം വരാറില്ല ഞാനെന്നെ അറിയുന്നില്ല അങ്ങനൊരു അനുഭവം വരാറില്ല അപ്പൊ അജ്ഞതാ സംശയം ഒന്നില്ലാതിരിക്കുന്നു അതാണ് അപരോക്ഷത എന്ന് പറയുന്നത് മറ്റിടത്ത് ബാഹ്യമായ ഏത് വസ്തുവിനെ കാണുമ്പോഴും അവിടെ ഇതെന്താണോ സംശയം അതിന്റെ അറിവിന്റെ അപൂർണത അറിവിനോടൊപ്പം തന്നെയുണ്ട് അസ്തിത്വത്തിൽ ഒഴികെ അവിടെ സംശയം വരത്തില്ല വിശേഷിയും തന്റെ അസ്തിത്വത്തിൽ അത് വരുന്നില്ല അതുകൊണ്ടത് അപരോക്ഷം അപ്പോൾ അതിനെ അപരോക്ഷതയെ ബോധിപ്പിക്കുന്നതിന് അതെവിടെ പറയണം തന്നിൽ പറയണം താനെന്ന് പറഞ്ഞാ എന്താ താനെന്ന് പറഞ്ഞ് താൻ ഗ്രഹിക്കുന്നത് തന്റെ ബുദ്ധിയല്ലാതെ മറ്റു തന്നെയാണ് അതിനെയാണ് താനായി ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് തന്റെ ഉള്ളിലിരിക്കുന്ന ബുദ്ധി ബോധം സർവത്തെയും ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ബോധം അതിനാണ് താൻ താനായിട്ട് അറിയുന്നത് അതിലാർക്കാ സംശയമുള്ളത് എനിക്ക് ബോധമുണ്ടോ ആരെങ്കിലും സംശയിക്കാറുണ്ടോ എനിക്ക് ബോധമില്ല അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാറുണ്ട് ആർക്കും ഇന്നുവരെ ആർക്കെങ്കിലും എനിക്ക് ബോധമില്ല അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ഇന്നുവരെ ആർക്കും ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു അനുഭവം എനിക്ക് ബോധമില്ല എനിക്ക് ബോധമില്ലാന്ന് ഒരു അനുഭവം ഉണ്ടായാൽ അവിടെ ബോധം തന്നെ ഇപ്പൊ എന്താണ് അവിടെ തന്നിൽ അജ്ഞാന സംശയങ്ങളില്ല അതുകൊണ്ടത് പ്രകാശിക്കുന്നു ോക്ഷമായി പ്രകാശിക്കുന്നു അതുകൊണ്ട് ഇതിനെവിടെ ബോധിപ്പിക്കണം തന്നിൽ ബോധിപ്പിക്കണം തന്റെ മനസ്സിൽ തന്റെ ബുദ്ധിയിൽ ബോധിപ്പിക്കണം അതാണ് ഹാർദമേവത് പരമം വ്യോമ ഇത് ന്യായം അതാണ് യുക്തിക്ക് നിരക്കുന്ന കാര്യം മറ്റു തരത്തിൽ അവ്യാകൃതം മായാതത്വം എന്നെല്ലാം പറഞ്ഞ് വ്യാഖ്യാനിക്കാമെങ്കിലും ഇവിടെ യുക്തമായി ഇതിനെ മനസ്സിലാക്കുന്നതിനും ഇതിന് ഉപാസിക്കുന്നതിനും എല്ലാം സഹായിക്കത്തക്ക രീതിയിൽ വ്യോമശബ്ദം കൊണ്ട് ഹൃദയാകാശത്ത് തന്നെ എടുക്കണം അവിടെ ബ്രഹ്മ വേദ എന്ന് പറഞ്ഞാൽ അവിടെ ബ്രഹ്മം പ്രകാശിക്കുന്നു വിജാനാദി അപരോക്ഷമായി പ്രകാശിക്കുന്നു എന്ന് ബോധിപ്പിക്കുമ്പോൾ തൻ്റെ സ്വരൂപത്തെക്കുറിച്ച് യാതൊരു സംശയവും കൂടാതെ അജ്ഞാനം കൂടാതെ ബോധിക്കാൻ കഴിയും അപരോക്ഷമായി ബോധിക്കാൻ കഴിയും അതുകൊണ്ട് സർവത്ര ബ്രഹ്മത്തെ ബോധിപ്പിക്കുമ്പോൾ ആത്മശബ്ദം ആത്മാ ബ്രഹ്മ ബ്രഹ്മം അപരോക്ഷമാണ് മറ്റൊന്നിനെയും ആത്മാ എന്ന് പറയാൻ പറ്റത്തില്ല അപരോക്ഷമായി ഒന്നിനെ പറയാൻ പറ്റുമോ ആത്മാവാണ് അതുകൊണ്ട് ഹൃദയം എന്നുള്ള അർത്ഥമെടുക്കുക അവിടെ അത് അപരോക്ഷമായി പ്രകാശിക്കുന്നു അപരോക്ഷമാക്കേണ്ട കാര്യമില്ല വിശേഷിച്ചതിനെ അപരോക്ഷമായി സാക്ഷാത്കരിക്കേണ്ട കാര്യമില്ല സ്വയം അതാണ് അപരോക്ഷമായി പ്രകാശിക്കുന്നതാണ് അതിനാണ് ഇവിടെ ബ്രഹ്മം എന്ന് പറയുന്നത് അപ്പോൾ അത് എന്ന് വ്യക്തമാക്കുന്നു അതിനുവേണ്ടി ഹൃദയാകാശം എന്നുള്ള അർത്ഥം തന്നെ സ്വീകരിക്കണം എന്നാണ് ഇത് തന്നെ ചാന്തുകത്തിനും പറയും ആകാശോ അന്തർഹൃദയ ആകാശ ബഹൃദ്ധ പുരുഷാ ഈ പുരുഷന്റെ പുറത്തുള്ള ആകാശം യഹ ആകാശ ഏതൊരാകാശമാണോ പുരുഷാത് ബഹൃദ്ധ ഈ പുരുഷന് പുറമെയുള്ള ആകാശം യോ അന്ത പുരുഷന്റെ ഉള്ളിലുള്ള ആകാശം യോ ഐ എം അന്തർഹൃദയ ആകാശ ഇനി ഹൃദയത്തിന്റെ ഉള്ളിലുള്ള ആകാശം ഒരേ ഒരു ആകാശം തന്നെ ശരീരത്തിന് പുറത്ത് ഈ ശരീരത്തിൽ ശരീരത്തിന്റെ ഉള്ളിലുള്ള ഹൃദയത്തിൽ ഇത് ശ്രുത്യന്തര പ്രസിദ്ധം ഹാർദസ്യ വ്യോമന പരമത്വം ഇത് മറ്റ് ശ്രുതിയിലും ചർച്ച ചെയ്യുന്നത് കൊണ്ട് മനസ്സിലാക്കാം ഇവിടെ പരമാകാശം എന്തുകൊണ്ടാണത് പരമാകാശമായിരിക്കുന്നത് അവിടെ ഈ പുരുഷൻ വെളിപ്പെടുന്നു അപരോക്ഷമായി പ്രകാശിക്കുന്നു നമ്മൾ പരമം എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠവും മഹത്വമായിരിക്കുന്നതാണ് പരമ ഈശ്വരൻ പരമേശ്വരൻ സർവത്തിന് ഈശ്വരനായിരിക്കുന്നവൻ സർവത്തിന് ഈശ്വരനായിരിക്കുന്നവൻ ചക്രവർത്തിയുണ്ട് പക്ഷേ ചക്രവർത്തി പരമ ആ ചക്രവർത്തിക്കും ഈശ്വരനായിരിക്കുന്നവൻ സർവൈശ്വര്യങ്ങളോടും കൂടിയിരിക്കുന്നവൻ വാ ഏറ്റവും ശ്രേഷ്ഠമായാലേ പരമശബ്ദം പറയും ഇവിടെ ഹൃദയ ആകാശത്തിന് ആ പരമശബ്ദം പ്രയോഗിച്ചത് ഏറ്റവും ശ്രേഷ്ഠം എന്തുകൊണ്ട് അവിടെയാണ് ഈ അപരോക്ഷത പ്രകാശിക്കുന്നത് അതുകൊണ്ടാണ് ശ്രേഷ്ഠമായിരിക്കുന്നത് തസ്മിൻ ഹാർദ വ്യോമിനിയ ബുദ്ധി ബുധ തസ്യം നിഹിതം ബ്രഹ്മ തദ്വൃത്തിയാ വിവിക്തതയാ ഉപലഭ്യത തസ്മിൻ ഹാർദ വ്യോമിനി ആ ഹൃദയാകാശത്തിൽ അവിടുത്തെ ആ ഗുഹ ബുദ്ധി ആ ബുദ്ധിക്ക് സ്ഥിതി ചെയ്യാൻ ഒരു ആധാരം വേണോ അങ്ങനെ ഹൃദയാകാശം ആകാശത്തിനെങ്ങനെ ബുദ്ധി സ്ഥിതി ചെയ്യുന്നു ആകാശത്തിലാണ് പഞ്ചഭൂതങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ആകാശത്തിലാണ് ഈ സ്ഥൂലമായ പൃഥി വ്യാധി ഗ്രഹങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത് അതേ ആകാശത്തിൽ അണിബുദ്ധി സ്ഥിതി ചെയ്യുന്നത് വ്യോമിനി ഹാർദ്യോമിനിയ ബുദ്ധിതം ബ്രഹ്മ അതിൽ സ്ഥിതി ചെയ്തിരിക്കുന്നു നിഹിതമായിരിക്കുന്നു ഒളിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു ഒളിഞ്ഞിരിക്കുന്നു എന്ന് വെച്ചാൽ അത് പരോക്ഷമായിരിക്കുന്നു നല്ലതാണ് അതുകൊണ്ട് അതിനകത്ത് ഒളിഞ്ഞിരിക്കുമ്പോഴും അത് അപരോക്ഷമായി തന്നെ ഇരിക്കുന്നു അപരോക്ഷമായി തന്നെ ഒളിഞ്ഞിരിക്കുന്നു സ്വയം വെളിപ്പെട്ടിരിക്കുന്നത് കൊണ്ടതിനെ വെളിപ്പെടുത്താൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് അത് ഒളിഞ്ഞിരിക്കുന്ന പ്രകാശത്തെ പ്രകാശിപ്പിക്കാൻ കഴിയുന്നില്ല അസ്വയം പ്രകാശിക്കുന്നുണ്ട് അത് എന്നാൽ തദ്വൃത്യാ വിയുക്തതയ ഉപലഭ്യത ആ ബുദ്ധിവൃത്തികളിലൂടെ അഹമഹം എന്നുള്ള വൃത്തി അതാണ് ബുദ്ധിവൃത്തി ഒരു വൃത്തി അതുപോലെ അനന്തമായ വൃത്തികൾ വൃത്തികളുടെ പ്രവാഹം ആ ബുദ്ധി സംഭവിച്ചു കൊണ്ടിരിക്കുന്നു അത് ഒരു വൃത്തിയാണ് അഹം വൃത്തി നാനാവൃത്തികൾ എല്ലാ വൃത്തികളെയും ചേർത്ത് പറയും ഇതം വൃത്തി വൃത്തിയാ അഹമാകാരത്തിലും ഇതമാകാരത്തിലും എന്ന് പറയും ഒന്ന് തന്നെ രണ്ടായിട്ട് പിരിയുന്നു ഒരു ലതയിൽ രണ്ട് ശിഖരങ്ങളുണ്ടാവുന്ന പോലെ ആ ബുദ്ധിവൃത്തി രണ്ടായി പിരിയുന്നതാണ് അഹം വൃത്തിയും ഇതം വൃത്തിയും രണ്ടിനൂപത്തി തദ്വൃത്തിയാ ഈ രണ്ട് വൃത്തികളിലൂടെയും എന്താണ് വിവിധതയാൽപങ്ങളിൽ നിന്നും നാമരൂപങ്ങളിൽ നിന്നും വേറിട്ട് ഉപലഭ്യത സ്പഷ്ടമാണ് ഇപ്പോഴും ജ്ഞാനത്തെ വിഷയങ്ങളിൽ നിന്നും വേർതിരിച്ചു ആഗ്രഹിക്കുന്നു ഇത് ജ്ഞാനം ഇതറിവ് ഇതറിവിന്റെ വിഷയം ഇത് ഞാത്താവ് അങ്ങനെ വേർതിരിച്ചറിയുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഒന്നിനെ അറിയുക എന്ന് പറഞ്ഞാൽ അറിവ് അവിടെ പ്രകാശിക്കുന്നു എല്ലാതും ഒന്നിനെ അറിയാൻ കഴിയും അറിവിന്റെ ആ പ്രകാശം അതാണ് വൃത്തി നാനാ രൂപത്തിൽ അത് പ്രകാശിക്കുന്നു അതിനെ രണ്ടായി സംക്ഷേപിക്കുന്നതാണ് അഹം പ്രതിയും ഇതം പ്രതിയും ജ്ഞാനത്തിന്റെ അഹമാകാരം ഇതമാകാരം ഒന്ന് തന്നെ രണ്ടായി പിരിയുന്നതാണ് അതിലൂടെ വിവിക്തതയ വ്യക്തമായി ഈ അറിവ് പ്രകാശിക്കുന്നു അപ്പോ ആ ബുദ്ധി അതിന് സഹായിക്കുന്നു അങ്ങനെയാണോ കണ്ണാടി പ്രതിബിംബത്തെ ഗ്രഹിക്കുന്നതിന് സഹായിക്കുന്നു ബിംബത്തെ ഗ്രഹിക്കുന്നതിന് കണ്ണാടിയുടെ ആവശ്യം പക്ഷെ പ്രതിബിംബത്തെ ഗ്രഹിക്കുന്നതിന് കണ്ണാട്ടിയുടെ ആവശ്യം അപ്പൊ ബുദ്ധിവൃത്തിയിലൂടെ ഇത് പ്രകാശിക്കുന്നതിന് ആ വൃത്തികളുടെ ആവശ്യമാണ് വൃത്തിയെന്ന് പറഞ്ഞാൽ മനസ്സിന് വേറെ സങ്കല്പങ്ങൾ വരേണ്ട കാര്യമില്ല വൃത്തിയെന്ന് വെച്ചാൽ എന്റെ താല്പര്യം ആ രൂപം ആകാരം എന്നാണ് എന്നാണ് വൃത്തിയുടെ അർത്ഥം അല്ല നമ്മുടെ മനസ്സിൽ വരുന്ന മറ്റ് ഭാവനകൾക്കൊന്നും എന്റെ അർത്ഥവുമായിട്ട് ബന്ധമില്ല അഹം വൃത്തി എന്ന് വെച്ചാൽ അഹം എന്നുള്ള രൂപം ബുദ്ധി എന്ന് പറയുന്നത് അഹം എന്നുള്ള രൂപത്തെ പ്രാവശ്യം ഇതം വൃത്തിയെന്ന് പറഞ്ഞാൽ ആ ബുദ്ധി എന്ന് പറയുന്നത് ഇതം എന്നുള്ള ഒരു രൂപത്തെ പ്രാപിച്ചിരിക്കുന്നു അത് അനുഭവത്തിൽ വരുന്നത് അങ്ങനെ ശബ്ദമെന്ന് പറയുന്ന ഒരു ഉപാധിയിലൂടെ അഹോ എന്ന് പറയുന്നത് എന്താണ് കേവല ശബ്ദമാണ് ശബ്ദമല്ലാതെ അവിടെ മറ്റൊന്നും ഇതോ എന്ന് പറയുന്നത് അതും ഒരു ശബ്ദമാണ് അപ്പൊ ശബ്ദമെന്ന ഉപാധിയിലൂടെ ുദ്ധി ഒരു വിശേഷാകാരത്തെ പ്രാപിക്കുന്നു രൂപത്തെ പ്രാപിക്കുന്നു അതാണ് അഹം വൃത്തി ഇതം വൃത്തി എന്ന് പറയുന്നത് രണ്ടും ഒന്നിന്റെ രണ്ട് പിരിവാണ് ബുദ്ധിയുടെ പിരിവ് ബുദ്ധി അങ്ങനെ രണ്ടായി തിരിഞ്ഞിരിക്കുന്നു രണ്ട് രൂപത്തെ രണ്ടാകാരത്തെ പ്രാപിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് വൃത്തിയെ അറിവ് എന്ന് പറയുന്നു അഹംപെടുത്തി അഹമെന്നുള്ള അറിവ് ബോധം ഇതംപ്പെടുത്തി ഇതമെന്നുള്ള അറിവ് ബോധം എന്നെല്ലാം പറയാം ഒന്ന് തന്നെ രണ്ടായി പിരിഞ്ഞിരിക്കുന്നുണ്ട് അവിടെ വിവിക്തതയ വ്യക്തമായി എന്താണ് ഇതിന്റെ വ്യക്തത എന്ന് പറയുന്നത് അതാണ് അപരോക്ഷത അപരോക്ഷമായി പ്രകാശിക്കുന്നു നേരത്തെ പറഞ്ഞുണ്ടോ ഇതിനൊഴികെ മറ്റൊന്നിനോ അപരോക്ഷതയും ഈ ബുദ്ധി വൃത്തി ഒഴികെ മറ്റൊന്നിനും ഇല്ല എന്തുകൊണ്ട് ബുദ്ധിപത്തിയിൽ അപരോക്ഷത വരുന്നു കാരണം ആ ബുദ്ധിവൃത്തിയിലൂടെ ഞാനും പ്രകാശിക്കുകയാണ് ആ ഞാനും തന്നെ ബുദ്ധിവൃത്തിയുടെ രൂപത്തിലായിരിക്കുകയാണ് അതുകൊണ്ട് അവിടെ അപരോക്ഷമായി ഇത് പ്രകാശിക്കുന്നു അതുകൊണ്ട് ഇതിന്റെ അർത്ഥം ഹൃദയാകാശം ഒന്ന് തന്നെ എടുക്കണം മവ്യാകൃതമൊന്നോ മായാതത്വമൊന്നോ ഒക്കെ പൂർവാചാര്യന്മാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട് പക്ഷെ അത് സ്വീകരിച്ചാൽ പോരാ എന്നാൽ മാത്രമേ ആ ബ്രഹ്മം അതാണ് തന്റെ അപരോക്ഷത എന്ന് തെളിയിക്കാൻ പറ്റും ബോധിക്കാൻ പറ്റും വിശിഷ്ട ബ്രഹ്മണ സർവഗതവിശേഷത്വ ഈ രീതിയിലല്ലാതെ അന്യഥ ഈ അപരോക്ഷത ഇതല്ലാതെ മറ്റൊരു തരത്തിലും വിശിഷ്ടദേശകാലസംബന്ധോ അസ്തി ബ്രഹ്മണ ഈ ബ്രഹ്മത്തിന് അതിന്റെ ഈ പ്രകാശത്തിലൂടെ ഈ അപരോക്ഷതയിലൂടെ അല്ലാതെ മറ്റ് ദേശകാല സംബന്ധങ്ങളൊന്നുമില്ല എന്തുകൊണ്ട് സർവഗതത്വ സർവ്വ വ്യാപകമാണ് നിർവിശേഷം അതിൽ പ്രത്യേകിച്ച് ഒരു വിശേഷത പറയാനും വലുതെന്നോ ചെറുതെന്നോ ഒന്നും പറയാൻ വയ്യതിനെക്കുറിച്ച് പരമാവധി പറയാമെന്നുള്ളത് അതിന്റെ ഈ ഉപബി ജ്ഞാനത്തിന്റെ അപരോക്ഷത ബോധത്തിന്റെ സ്വയം നിലനിൽപ്പ് ഉണ്മ അതല്ലാതെ ഇതിനെ സംബന്ധിച്ച് വേറൊന്നും പറയാൻ നിവൃത്തിയില്ല അത് ഇന്നതുപോലെയിരിക്കും അത് ഇന്നതിനോട് ബന്ധപ്പെട്ടതാണോ ഇന്നും പറയാൻ വയ്യ ഇന്നൊന്നും പറഞ്ഞാൽ അതിൽ അപരോക്ഷത സിദ്ധിക്കത്തില്ല മായ എന്ന് പറഞ്ഞാലും ഇല്ല മായെന്ന് പറഞ്ഞെന്തോ പിടികിട്ടാത്ത ഒന്നും അങ്ങനെ തന്റെ ഹൃദയത്തിലൂടെ വെളിപ്പെടുന്നത് എന്ന് അതിനെ വെളിപ്പെടുത്തിയാലേ പറ്റൂ വേറുവഴിയില്ലെന്നും കാരണം ഒന്നിനോടും ബന്ധമില്ലാതിരിക്കുന്നതാണത് പ്രാപഞ്ചികമായ സൃഷ്ടിയിൽ വന്ന ഒന്നിനോടും ബന്ധമില്ല അതിന്റെ ഏറ്റവും സൂക്ഷ്മമായിരിക്കുന്ന ദേശകാലങ്ങളോട് ബന്ധമുണ്ട് നമുക്ക് അങ്ങനെ പറയാൻ വേണ്ടി എന്താണ് ഇന്ന കാലത്തിൽ ബ്രഹ്മം പിന്ന ദേശത്തിൽ ബ്രഹ്മം അങ്ങനെ പറയാൻ പറ്റും കാലത്തിനവിടെ യാതൊരു സ്ഥാനവും ഇല്ല ഭൂതകാലത്തിൽ അതിന് സാക്ഷാത്കരിക്കും ഭാവി കാലത്തിൽ അതിനെ സാക്ഷാത്കരിക്കും എന്ന് വെച്ചി പറയും എന്താണ് അത് വർത്തമാന കാലത്ത് എൻ്റെ സാക്ഷാത്കാരം അങ്ങനെ പറയാൻ അതിന് വിശിഷ്ടദേശകാല സംബന്ധമില്ല വിശിഷ്ടദേശ കാലം എന്ന് പറയുന്നത് ഭൂതം വർത്തമാനം ഭാവി ഇതാണ് വിശിഷ്ടകാലം ഈ കാലവുമായിട്ടതിന് സംബന്ധമില്ല ഒരാൾ പറയേണ്ടതാ ഞാൻ ഈ കാലത്തിൽ ഏത് കാലം വർത്തമാനകാലത്തിൽ ഞാൻ അതിനെ സാക്ഷാത്കരിക്കുന്നു സിദ്ധാസംബന്ധം കാലസംബന്ധമില്ലാത്ത ഒന്നിനെങ്ങനെ ഒരു കാലത്തിന് സാക്ഷാത്കരിക്കാൻ കഴിയും കാല അതീതമായി പ്രകാശിക്കുന്നതിനെങ്ങനെ കാലത്തോട് ബന്ധപ്പെടുത്താൻ പറ്റും അതുകൊണ്ട് അതിന് കാലസംബന്ധമില്ല അങ്ങനെ പറയാൻ പറ്റ നമ്മൾ പറയുന്നെന്താണോ ആ എല്ലാ ഗുരു ഇതിനെ പണ്ട് സാക്ഷാത്കരിച്ചിട്ടുണ്ട് ഞാൻ ഈ ഇതിനെ ഭാവിയിൽ സാക്ഷാത്കരിക്കും അല്ല ഇനി ഒരു പടി ഉടകളെന്ന് പറയില്ല ഞാൻ ഇതിനെ ഇപ്പോൾ സാക്ഷാത്കരിച്ച് സാക്ഷാത്കരിച്ചു ഞാൻ സാക്ഷാത്കാരമുള്ളവനാണ് ഇതെല്ലാം എന്താണോ ഈ തത്വത്തെക്കുറിച്ച് കാലസംബന്ധം ഉണ്ടാക്കുകയാണ് ആരോപിക്കുകയാണ് ഇതൊന്നും പരമാർത്ഥമല്ല സാക്ഷാത്കാരത്തിന് കാലവുമായി ബന്ധമില്ല അതുപോലെ തന്നെ പറയുന്നു ദേശ സംബന്ധം ഞാൻ ഹിമാലയത്തിൽ ഇത് സാക്ഷാത്കരിച്ചിട്ടാണ് കേരളത്തിലേക്ക് വന്നത് അങ്ങനെ കാലസംബന്ധം പ്രത്യേകിച്ചൊരു ദേശവുമായിട്ടതിന് ബന്ധമില്ല വിശിഷ്ട ദേശകാല സംബന്ധങ്ങളൊന്നും എന്തുകൊണ്ട് നിർവിശേഷമാണോ സർവവ്യാപകമാണോ അതുകൊണ്ടത് അപരോക്ഷമായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു എവിടെ സഹൃദയത്തിൽ അതുകൊണ്ട് വ്യോമിനി ആകാശം എന്നുള്ളത് കൊണ്ട് ആകാശത്തിന് പലർത്ഥവും പറയാം പക്ഷെ ഇവിടെ ഹൃദയം എന്നുള്ള അർത്ഥത്തെ തന്നെ സ്വീകരിക്കണം പറയുന്നു സജവം ബ്രഹ്മവിധാനൻ കിമിത്യാഹ ആ സാക്ഷാത്കാരത്തെക്കുറിച്ച് പറഞ്ഞു അത് തന്നിൽ തന്നെ അപരോഷമായി പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ അപരോഷപ്രകാശം അത് തന്നെയാണ് എന്റെ സാക്ഷാത്കാരം സയവം ബ്രഹ്മവിചാനും ശരി ഇങ്ങനെയൊക്കെ അതിനെ കുറിച്ച് മനസ്സിലാക്കി എന്താ ഇതുകൊണ്ട് കാര്യം വിശേഷിന്താ പ്രയോജനം എന്താണ് അതിന്റെ പ്രയോജനം എന്ന് പറയുന്നു സർവാൻ നിരവശിഷ്ടാൻ കാമാൻ ഭയുന്നു ഇന്നതെന്ന് എടുത്തു പറയേണ്ടതില്ല അവൻ സർവകാമങ്ങളെയും എല്ലാ ഭോഗങ്ങളെയും അവൻ അനുഭവിക്കുന്നു ഇതാണ് എൻ്റെ പ്രയോജനം സർവഭോഗങ്ങളെയും സർവ്വസുഖങ്ങളെയും അവൻ അനുഭവിക്കുന്നു അല്ലെങ്കിൽ പിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും അഭ്യാസങ്ങളൊക്കെ കാണിച്ച് ബ്രഹ്മത്തെ അറിഞ്ഞിട്ട് എന്താ പ്രയോജനം ലോകത്തുള്ള സർവ്വസുഖങ്ങളെയും അനുഭവിക്കാം എന്നാണ് സർവാൻ കാമാണ് സർവഭോഗങ്ങളെയും അതാണിതിന്റെ പ്രയോജനം എന്നാൽ അത് നല്ലതാണല്ലോ സർവസുഖങ്ങളെയും അനുഭവിക്കാൻ ഇങ്ങനെ ഒരു കുറുക്കുവഴിയുണ്ടെങ്കിൽ കിം അസ്മദാധിപത് പുത്രസ്വർഗാധീൻ പര്യായണ ഓ അങ്ങനെയാണോ എന്താണ് ഇവിടെ പുത്രാദികളെ അനുഭവിക്കുക ഭാര്യ പുത്രാദി സുഖങ്ങളെയൊക്കെ ഇവിടെ അനുഭവിക്കുക മരിച്ചു കഴിഞ്ഞാലോ നേരെ അവിടെ പോയി സ്വർഗം അനുഭവിക്കുക വീണ്ടും തിരിച്ചു വരിക ഇത് അനുഭവിക്കുക ഇതാണ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ ഇവിടെ ഒരു തകരാറെന്താണ് മാറി മാറി ഇവിടെ പുത്രാദികളെ അനുഭവിക്കുമ്പോൾ സ്വർഗമില്ല സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഇവിടെ അവിടെ ഇല്ല ഓരോന്നും ഓരോന്നും മാറി മാറി വരുന്നു ഈ ലോകത്തിൽ പരലോകസുഖമില്ല പരലോകത്തിൽ ഈ ലോകസുഖമില്ല ഈ ലോകത്തെ ഇഷ്ടപ്പെടുന്നവർ പറയും എനിക്ക് ഈ ലോകം മതി ഇനി പരലോകം വേണ്ട ഈ ലോകത്തെ ഇഷ്ടപ്പെടാത്തവര് പറയും ഇത് വേണ്ട എനിക്ക് പരലോകം മതി എന്തായാലും രണ്ടും ഒരുമിച്ചെടുക്കുന്നില്ല ഈ സർവ്വഭോഗങ്ങളും സുഖങ്ങളും എന്ന് പറയുന്നത് ഇതൊക്കെയാണല്ലോ ഈ ലോകത്തിലും പരലോകത്തിലും ഒക്കെയുള്ള സുഖങ്ങളാണല്ലോ ഇതെല്ലാം ഇങ്ങനെ മാറി മാറി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണോ അല്ലെങ്കിൽ സർവാൻ കാമാൻ സർവസുഖങ്ങളെയും അനുഭവിക്കുമെന്ന് പറയുന്നതിന് എന്താ അർത്ഥം ന ഇത്യാഹ അങ്ങനെയല്ല എന്നാണ് സർവവും ത്യജിച്ച് എല്ലാത്തിനും ഉപേക്ഷിച്ച് സന്യാസിയായി ഗുരുവിന്റെ സമീപത്തിലെത്തി സാധനങ്ങളെല്ലാം അനുഷ്ഠിച്ച് അവസാനം അവൻ സർവസുഖങ്ങളെ അനുഭവിക്കുന്നവനായി തീരുന്നു എന്ന് കേൾക്കുമ്പോൾ ഒരു വൈദഗ്ധ്യം ഇതങ്ങനെ പരസ്പരം പൊരുത്തപ്പെടും അതുകൊണ്ട് ഇതാണോ ഉദ്ദേശിക്കുന്നത് നന്നായി തീയഹ അതല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല നിങ്ങൾക്ക് ഇത്തരം സുഖങ്ങൾ മാത്രമേ പരിചയ അവൻ സർവസുഖങ്ങളെ അനുഭവിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് പരിചയമുള്ള എല്ലാ അസുഖങ്ങളും എന്ന് തോന്നുന്നു അവരെന്സയുഗപേക്ഷണ ഉപാരൂഢാ ഏകയുപലബ്യ സവിതൃപ്രകൃത്യ ബ്രഹ്മസ്വരുപ്യതിരിതോചാമ സത്യം ജ്ഞാനം അനന്തചിത്തെ ബ്രഹ്മണ സഹേതി ബ്രഹ്മഭൂത്ത വിവാൻ सह न आत्मना, ബ്രഹ്മസ്വരുപേണി धर्मादि ആത്മന ജലസൂര്യഗാതിവത് പ്രതിബിംബൂ സാംസാരേണമേക്ഷാ ചക്ഷുരാതികരണപേക്ഷാശ കാൻ പരയാണോ കഥം തരി സർവാത്മന നിത്യബ്രഹ്മാത്മസ്വരുപേണ ധർമാനിപേക്ഷാ ചക്ഷതികരപേക്ഷം സർവാൻ കാശ്യുതി സർവജ്ഞത്വം തേന സർവജ്ഞസ്വരൂപേണ ബ്രഹ്മണ അശ്വതി ശബ്ദമന്ത്ര പരിസമാപ്തി സർവാൻ കാമാൻ അശ്വനിതെ സർവാൻ ഭോഗാൻ അശ്വനിതെ എന്ന് വ്യഖ്യാനിച്ചുകഴിഞ്ഞാൽ അവിടെ ആശയക്കുഴപ്പം വരും ഇതെല്ലാം ഈ ലൗകികമായ ഭൗതികമായ സർവസുഖങ്ങളെ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് സുഖം അനുഭവിക്കണമെങ്കിൽ കരണങ്ങൾ വേണം ശരീരം വേണം ഇത് രണ്ടും ഉണ്ടായിരുന്നാലും പോരാ വിഷയങ്ങൾ വേണം ഇത് ഇത്രയുണ്ടായാലും പോരാ ഇതെല്ലാം പരസ്പരം ബന്ധപ്പെടണം കർണങ്ങളും ശരീരവും വിഷയങ്ങളും തമ്മിൽ ബന്ധപ്പെടണം ഇത്രയുണ്ടായാലും സുഖം അനുഭവിക്കാൻ പറ്റത്തില്ല ധർമ്മം വേണം പുണ്യം വേണം പുണ്യം ഇതിന് നിമിത്തമായിട്ട് വേണം നിമിത്ത കാരണമായിട്ട് അങ്ങനെ പറയും എല്ലാം ഉണ്ട് പക്ഷെ അനുഭവയോഗമില്ല എന്ന് പറയും മധുരം ഇഷ്ടംപോലെ മുമ്പിലുണ്ട് ഷുഗർ കാരണം കഴിക്കാൻ പറ്റും അനുഭവയോഗമില്ല പുണ്യമില്ല സാധനം കിട്ടാത്തോണ്ടല്ല പക്ഷെ കഴിക്കാൻ പറ്റും ഇതെല്ലാം ഉണ്ടായിരുന്നാലും ശരി പാൽപ്പായസം മുമ്പേ ഇരിക്കുമ്പോ ഞങ്ങളെപ്പോലെയുള്ള ഡയബറ്റിക്സുകാരെന്ത് മനപ്രയാസം അനുഭവിക്കുന്നു കാരണം പുണ്യമില്ല പുണ്യത്തെ പഴി പറയും പുണ്യം ഉണ്ടായാലേ ബാക്കി എല്ലാം ഉണ്ടായാലും കാര്യവും ധർമാതി നിമിത്താപേക്ഷ ധർമാതി നിമിത്തത്തെ അപേക്ഷിച്ചിട്ടാണ് സുഖാനുഭവം ധർമ്മമില്ലെങ്കിൽ അനുഭവിക്കാൻ ഒക്കത്തില്ല അനുഭവിച്ചാലോ സുഖത്തിന് പേരും വേദന വരും ദുഃഖം വരും ഇതാണ് ജീവന്റെ സുഖാനുഭവം ഇതിനാധാരമായിരിക്കുന്നു മുഖ്യമായും ധർമ്മം അപ്പൊ ധർമ്മത്തെ അപേക്ഷിച്ചുള്ള സുഖാനുഭവമാണ് പുത്രസ്വർഗാദികളല്ല മികലോകസുഖവും പരലോകസുഖം ധർമ്മത്തെ അപേക്ഷിച്ച് നിനദർമ്മത്തെ അപേക്ഷിക്കുന്ന ഈ സുഖാനുഭവം അതാണോ പാപത്തെ അപേക്ഷിച്ച ദുഃഖാനുഭവം വരും എല്ലാം ഉണ്ടെങ്കിലും അനുഭവിക്കാൻ പറ്റുന്നില്ല അനുഭവിക്കാൻ പറ്റാത്തതിന്റെ മനഃപ്രയാസം മനഃപ്രയാസം അതാണ് ദുഃഖം അപ്പൊ അതിനെന്താ കാരണം അധർമ്മം പാപം ഇപ്പോൾ തന്നിൽ ജീവനിൽ സഞ്ചയിച്ചിരിക്കുന്ന പാപ പുണ്യങ്ങളാണ് സ്വദുഖാനുഭവങ്ങളുടെ നിമിത്ത കാരണം അങ്ങനെ ഉള്ള നിമിത്തകാരണം പുണ്യമാകുന്ന നിമിത്ത കാരണം കൊണ്ട് വരുന്ന ഈ സുഖാനുഭവം സർവസുഖാനുഭവം അതാണോ ഉദ്ദേശിക്കുന്നത് അതല്ല പറയാൻ വേണ്ടിയിട്ടാണ് ഭാഷകാരുടെ ഇത്രയും അല്ലെങ്കിൽ ആ ബ്രഹ്മത്തെ പ്രാപിച്ചു കഴിഞ്ഞാൽ എന്ന് പറയുമ്പോൾ ബ്രഹ്മം എന്ന് പറയുമ്പോൾ ഏതോ ഒരു സ്ഥലത്തിരിക്കുന്ന ഒന്നാണ് അതിനെ പ്രാപിച്ചു കഴിഞ്ഞാൽ അവിടെ പുണ്യം മാത്രം അനുഭവിക്കാവുന്ന ലോകമാണ് അവിടെ ഇരുന്നുകൊണ്ട് സുഖങ്ങളെല്ലാം അനുഭവിക്കാം എന്ന് പറയുമ്പോൾ അത് സ്വകത്തെയും മറ്റും കുറിച്ചുള്ള സങ്കല്പം പോലെ ആയിക്കും ഇവിടെ അതല്ല ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാക്കാൻ വേണ്ടി പറയുക എന്തുകൊണ്ട് അത് യുക്തിയും പ്രമാണവും അനുസരിച്ച് മനസ്സിലാക്കും കാരണം പുണ്യത്തെ ആശ്രയിക്കുന്ന സുഖം അത് മുഴുവന് പൂർണമായി അനുഭവിക്കാൻ സാധ്യമല്ല കാരണം പുണ്യം കേവലമായി നിക്കില്ല പുണ്യം പാപത്തോടു കൂടിയേ നിക്കും പുണ്യം കൊണ്ടൊരാൾ സുഖം അനുഭവിക്കാൻ പോയാൽ തീർച്ചയായും പാപബലമായ ദുഃഖവും അനുഭവിക്കേണ്ടി അതിൽ ഏറ്റക്കുറച്ചിലുണ്ടാവും പക്ഷേ അതനുഭവിച്ചേ തീരും അപ്പൊ സർവാൻ കാമാൻ സർവ്വസുഖം എന്ന് പറയാൻ പറ്റത്തില്ല ഈഷദ് ദുഃഖം അതും അവിടെയുണ്ട് അല്ലെങ്കിൽ വലിയ ദുഃഖമായിരിക്കും അപ്പോൾ അത് യുക്തിക്ക് നിരക്കുന്ന കാര്യമല്ല സർവസുഖാനുഭവം തരുന്നൊരു സുഖാനുഭവം ഒരിക്കലും ജീവനും സംഭവിക്കാനും പോകുന്നില്ല എന്തുകൊണ്ട് അവന്റെ ഉപാധികൾ ഉണ്യപാപ സമ്മിശ്രമാണ് അതുകൊണ്ട് അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് നേത്യാഹ സഹ ഇഗവത് ഏകക്ഷണ ഉപാരൂഢാൻ ഏകയോപലബ്യ സവിതൃപ്രകാശവനിത്യതയ സൂര്യന്റെ പ്രകാശം പോലെ മറ്റ് നമ്മുടെ നിലവിളക്കിന്റെ പ്രകാശത്തെ അപേക്ഷിച്ചത് നിത്യമാണ് ഈ പ്രകാശം എന്നും ഉദിക്കുന്നു അസ്തമിക്കുന്നു മറ്റങ്ങനെ അത് സദാ പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു അത് ഉദിച്ചാലും അസ്തമിച്ചാലും പ്രകാശത്തിന് മാറ്റം വരുന്നു അത് പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ സവിതൃപ്രകാശവും നിത്യതയാ ഇവിടുത്തെ സുഖാനുഭവം അങ്ങനെയല്ല സുഖം അനുഭവിക്കുന്നു പുണ്യം അനുകൂലിക്കുന്നു പക്ഷെ ഇപ്പോഴാണ് പാപം കടന്നു അറിയാൻ പറ്റുക പാവം കടന്നു വരുമ്പോൾ എല്ലാ ഭോഗ സാമഗ്രികളും ഉണ്ടായിരുന്നാലും ശരി ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നു കൊണ്ട് ഇന്ദ്രിയങ്ങളുടെ അസാമർഥ്യം കൊണ്ട് എല്ലാം ദുഃഖം അനുഭവിക്കേണ്ടി ചെറിയ പ്രകാശങ്ങളെല്ലാം കത്തിയും അണഞ്ഞു വരിക്കും സൂര്യപ്രകാശം അത് കത്താതെ അണയാതെ ഒരേ രൂപത്തിൽ സ്ഥിതി ജ്ഞാനപ്രകാശം ആ പ്രകാശം അത് സവിതൃപ്രകാശത്തെ പോലെ നിത്യമാണ് ബ്രഹ്മസ്വരൂപ അവ്യതിരിക്തയാ അത് ബ്രഹ്മസ്വരൂപം തന്നെ ഈ പ്രകാശം ഈ പ്രകാശത്തിൽ പ്രകാശിക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഇരുന്ന് യാതൊരു പ്രസക്തി സൂര്യന്റെ പ്രകാശത്തിൽ ഇരളിന് ഒരു പ്രസക്തി ഇല്ല പക്ഷെ നമ്മുടെ മുറിക്കകത്തെ പ്രകാശത്തിൽ ഇരളിന് പ്രസക്തി ഉണ്ട് എന്താണ് സൂര്യന്റെ പ്രകാശം അതിവിടുത്തെ ലൈറ്റിന്റെ പ്രകാശമാണ് ആ ലൈറ്റ് കെട്ടുകഴിഞ്ഞാൽ പ്രകാശം അണഞ്ഞുകഴിഞ്ഞാൽ ഇരൾ പ്രകാശിച്ചാൽ ഇരുളില്ല ഇതാപേക്ഷികമാണ് അതുപോലെയാണോ സൂര്യപ്രകാശം അപ്പൊ സൂര്യപ്രകാശത്തിൽ അവിടെ ഇരളില്ല ഈ ആത്മസൂര്യന്റെ പ്രകാശത്തിൽ സഹയുഗപദ് അത് ഏകരൂപത്തിലുള്ള പ്രകാശമാണ് അവിടെ ഇരളിന് യാതൊരു പ്രസക്തിയില്ല ഇരളാണ് ദുഃഖം പ്രകാശത്തെയാണ് ആനന്ദം എന്ന് പറയുന്നത് സുഖമെന്ന് പറയുന്ന ആ പ്രകാശത്തെയാണ് സുഖവും പ്രകാശവും രണ്ടല്ല ജ്ഞാനവും ആനന്ദവും രണ്ടല്ല ഇവിടെ ഈ ജീവഭാവത്തിൽ ജ്ഞാനവും ആനന്ദവും രണ്ടാൾ അറിയുന്നു ആഗ്രഹിക്കുന്നു പ്രവർത്തിക്കുന്നു അനുഭവിക്കുന്നു ആനന്ദിക്കുന്നു അവിടെ ജ്ഞാനം അറിവ് വരെ ആനന്ദം വരെ അവിടെ അങ്ങനെയല്ല അവിടെ അറിവ് തന്നെയാണ് ആനന്ദം അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ആനന്ദമല്ല ഇവിടെ ആനന്ദം എന്ന് പറയുന്നു നമ്മൾ ആഗ്രഹിക്കുന്ന ആനന്ദം അത് അറിവാകുന്ന ആനന്ദമല്ല അറിവാകുന്ന ആനന്ദമാണെങ്കിൽ നമുക്ക് ആഗ്രഹിക്കേണ്ട കാര്യമില്ല കാരണം അറിവ് ഒരിക്കലും ഇല്ലാതാകുന്നില്ല അസ്വയം പ്രകാശിക്കുന്നതാണ് അതല്ല സൂര്യ സവിതൃ പ്രകാശത്തെ സംബന്ധിച്ചിടത്തോളം എന്താണോ അവിടെ ഇരുട്ടെന്ന് പറയുന്ന ഒന്നുമില്ല ഇരട്ടില്ലെങ്കിൽ അവിടെ ഇരട്ടിനെ ഒഴിവാക്കുക ദുഃഖ നിവൃത്തി അങ്ങനെ ഒന്നുമില്ല അവിടെ പ്രകാശം മാത്രമേ ഉള്ളൂ അതുപോലെ ഇവിടെ എന്താണ് ദുഃഖത്തെ ഒഴിവാക്കുന്ന ഒരു പ്രകാശം ദുഃഖത്തെ ഒഴിവാക്കുന്ന ഒരു ആനന്ദം ഇവിടെ ആത്മാവിനില്ല അത് ഇന്ന് അനുഭവിക്കുന്ന ആനന്ദങ്ങളുമായി താരതമ്യം ചെയ്യാമെന്നുള്ളതല്ല എന്തുകൊണ്ട് അത് ഈ ആനന്ദത്തിന്റെ സ്വഭാവമല്ല അതിനുള്ളത് അതുകൊണ്ടാണ് അതിന് മഹത്തായ ആനന്ദം എന്ന് പറയുന്നത് നിരദ്ശയമായ ആനന്ദം എന്ന് പറയുന്നു ഈ ആനന്ദം സ്വാതിശയമാണ് അതിന് ഏറ്റക്കുറച്ചിലുണ്ട് ചെറിയ ആനന്ദം വലിയ ആനന്ദം അങ്ങനെയുണ്ട് അതിന്റെ സ്വരൂപമായിരിക്കുന്ന ആനന്ദം അത് ജ്ഞാനസ്വരൂപം തന്നെ ഏറ്റക്കുറച്ചിലത് ജ്ഞാനം ഇത് ആനന്ദം എന്നിവിടെ വേർതിരിക്കുമ്പോൾ വേർതിരിക്കാൻ വയ്യ ഇവിടെ അങ്ങനെയല്ല ഇതിനെ ഞാൻ അറിയുന്നു ശരി അറിഞ്ഞതുകൊണ്ടായില്ലോ പറയും ഇതിനെ അനുഭവിക്കണം അനുഭവിച്ചാൽ ആനന്ദം വരും ഇവിടെ പാത്രത്തിൽ പാൽപ്പായസം ഇരിക്കുന്നു എന്നറിഞ്ഞതുകൊണ്ടായില്ല നിങ്ങൾ പറയും ആ പാൽപായസത്തെ അനുഭവിക്കണം അതാണ് ആനന്ദം എന്ന് പറയും പായസത്തെ സംബന്ധിച്ച് ഇത് ശരിയാണ് പക്ഷെ ആത്മപ്രകാശത്തെ സംബന്ധിച്ചത് ശരിയല്ല പായസത്തെ അറിഞ്ഞ ആനന്ദമല്ല അനുഭവിച്ചപ്പോൾ കിട്ടിയാണെന്ന് രണ്ടും രണ്ടാണവിടെ ആ വിഷയത്തെ ആശ്രയിച്ചാണ് അറിവുണ്ടായത് ആ വിഷയത്തെ ആശ്രയിച്ച് ആനന്ദമുണ്ടായി രണ്ടു കാര്യങ്ങൾ സംഭവിച്ചു ഇവിടെ അങ്ങനെയല്ല ഇവിടെ അറിവും ആനന്ദവും രണ്ടല്ല അതുകൊണ്ട് അറിഞ്ഞിട്ട് ആനന്ദിക്കുക അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല അറിഞ്ഞിട്ട് ആനന്ദിക്കാൻ അറിവിൽ നിന്ന് വേറിട്ടൊരു ആനന്ദമില്ല ഇവിടെ ആനന്ദം എന്ന് പറയുന്ന എന്തിനാ അറിവിനെ തന്നെയാണ് ജ്ഞാനത്തെ തന്നെയാണ് വിജ്ഞാനം ആനന്ദം ബ്രഹ്മ എന്ന് പറയുന്നതാണ് അതുകൊണ്ട് സർവകാമവും സർവ ആനന്ദവും എന്ന് പറയുന്നത് നമ്മളെയും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആനന്ദങ്ങളെയും കൂടി കൂട്ടിച്ചേർത്ത് വയ്ക്കുന്ന ഒരു വലിയ ആനന്ദം അതല്ല അതുമാത്രമല്ല ആനന്ദം ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആനന്ദം ആനന്ദം അത് വർദ്ധിച്ചാൽ ഒരു പരിധിക്ക് അപ്പുറം പോയിക്കഴിഞ്ഞാൽ ആനന്ദം ആനന്ദമല്ലാതായിരിക്കും കാരണം ജീവൻ ആനന്ദത്തിനും വിലക്കി ഉണ്ടാവും ആനന്ദത്തിനും ജീവനും മടക്കും വളരെയധികം ബാൽപായസം കഴിച്ചു കഴിഞ്ഞാൽ മടക്കും പിന്നെ അത് ആനന്ദത്തെ ഉണ്ടാക്കത്തില്ല ആവശ്യത്തിലധികമായി കഴിഞ്ഞാൽ പിന്നെ അത് ദുഃഖത്തിന് കാരണമായി അതുകൊണ്ട് ആനന്ദം അതല്ല ഇവിടെ പറയുന്നു ഏകേ ഉപലബ്ധ്യ ഒരു പ്രകാശം അതാണ് ആനന്ദം സവിതൃപ്രകാശവും നിത്യതയാ സവിതൃപ്രകാശത്തെ പോലെ നിത്യമായിരിക്കുന്നു ആത്മസ്വരൂപമായിരിക്കുന്നത് അതെന്താണ് ബ്രഹ്മസ്വരൂപ്യതിരിതയാ അവിടെ ഈ കാമത്തെ ഈ ആനന്ദത്തെ സ്വസ്വരൂപത്തിൽ നിന്ന് വേർതിരിക്കാം ഇത് ഞാൻ ഇതെന്റെ ആനന്ദം ഇന്ന് ഇപ്പോൾ അനുഭവിക്കുന്നത് പോലെ ഈ ഞാൻ ഇപ്പൊ എന്റെ ആനന്ദത്തെ അനുഭവിക്കുന്നു ഈ ഞാൻ എന്റെ ദുഃഖത്തെ അനുഭവിക്കുന്നു എന്ന് തന്നിൽ നിന്നും വേർപെടുത്തി ആനന്ദത്തെ അനുഭവിക്കുന്നത് ഞാനിപ്പോൾ വലിയ ആനന്ദത്തെ അനുഭവിക്കുന്നു ഞാൻ ചെറിയ ആനന്ദത്തെ അനുഭവിക്കുന്നു എന്ന് താരതമ്യമായി അനുഭവിക്കുന്നത് പോലെ അനുഭവിക്കുന്ന ഒരു ആനന്ദത്തെ കാമത്തെക്കുറിച്ചല്ല പറയുന്നത് എന്തുകൊണ്ട് ബ്രഹ്മസ്വരൂപ അഭ്യതിരിക്കൂപത്തിൽ നിന്ന് വേറിട്ട ഒന്നല്ല ആനന്ദം ഈ കാമങ്ങളല്ല ഈ സുഖങ്ങളല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് അവൻ സർവകാമത്തെയും അനുഭവിക്കുന്നു അവൻ സർവകാമിയായിരിക്കുന്നു എന്ന് പറയുന്നതിന്റെ താൽപര്യം എന്താണ് അവൻ സ്വയം ബ്രഹ്മസ്വരൂപ വ്യതിരിക്തമായിരിക്കുന്ന ആനന്ദമായിരിക്കുന്നു അവൻ സ്വയം ബ്രഹ്മസ്വരൂപമായിരിക്കുന്നു അവിടെ ഇത്തരം ആനന്ദങ്ങൾക്ക് പ്രസക്തിയില്ല അവിടെ നിലനിൽപ്പില്ല ഇതിന്റെ ആവശ്യമില്ല സൂര്യപ്രകാശത്തിൽ ചെറിയ മെഴുതിരി വെളിച്ചത്തിന്റെ ആവശ്യം പ്രകാശത്തിനത് സ്വയം പര്യാപ്തമാണ് അവിടെ ഇരുട്ടിനെ മാറ്റുന്ന പ്രകാശം ആവശ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് ദുഃഖത്തെ മാറ്റുന്ന ആനന്ദമാണ് നമുക്ക് ആവശ്യം ആനന്ദത്തെയാണ് നമ്മൾ തിരയുന്നത് ദുഃഖത്തെ മാറ്റുന്ന എന്തിനാ ആനന്ദിക്കുന്നത് ദുഃഖം ആ ദുഃഖത്തെ മാറ്റുന്ന ആനന്ദം ഇരുട്ടിനെ മാറ്റുന്ന വെളിച്ചം അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ മുറിക്കാത്ത ഇരുട്ടുണ്ട് ഇരുട്ടിന്റെ മാറ്റുന്ന വെളിച്ചം നോക്കി വേണം പക്ഷെ വെളിച്ചം നശിക്കും വീണ്ടും ഇരുട്ട് വരും ഇതൊരിക്കലും അവസാനിക്കത്തില്ല ഇവിടെ വെളിച്ചം കൊണ്ടുവരിക ഇരുട്ട് മാറ്റുക വീണ്ടും വെളിച്ചം വരിക ഇരുട്ട് മാറ്റുക വീണ്ടും വെളിച്ചം നശിക്കുക ഇരുട്ട് വരിക ഇതിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുന്നു ഇതാണ് ഇവിടുത്തെ ആനന്ദവും ദുഃഖവും ഇവിടെ പറയുന്ന അങ്ങനെയല്ല ഇതെന്താണ് സവിതൃപ്രകാശവും സൂര്യപ്രകാശം പോലെ അവിടെ ഇരുട്ടില്ലല്ലോ പിന്നെ അവിടെ വെളിച്ചത്തിന്റെ ആവശ്യമില്ല അവിടെ പിന്നെ ദുഃഖത്തെ മാറ്റുന്ന ആനന്ദത്തിന്റെ ആവശ്യമൊന്നും അവിടെ ദുഃഖത്തെ മാറ്റുന്ന ആനന്ദം ഇല്ല നമ്മുടെ സാധാരണ ബുദ്ധിയിൽ പറയുന്നതാണോ ഈ സുഖത്തെ എല്ലാം വരുന്ന വലിയൊരു അസുഖം ആ സുഖത്തിൽ ഈ ദുഃഖങ്ങളെല്ലാം മാറുന്നു പിന്നെ പരമമായ ആനന്ദമാണെന്ന് പറയുമ്പോ എല്ലാം കേവല സങ്കല്പങ്ങളാണ് സത്യവുമായിട്ടും ഒരു ബന്ധമില്ലാത്ത സങ്കല്പം ആ സങ്കല്പത്തിൽ ഇരിക്കുന്നവനോട് പറയുകയാണ് നീ സർവ്വസുഖങ്ങളെ അനുഭവിക്കുമെന്ന് പറയുമ്പോൾ അവന്റെ മനസ്സ് ഈ സുഖങ്ങളിലായിരിക്കും ഇതിന് വലിയൊരു സുഖത്തെ അനുഭവിക്കുന്നു അപ്പോ പിന്നെ ദുഃഖമില്ല പരമാനന്ദപ്രാപ്തി ആത്യന്തിക ദുഃഖ എന്നെല്ലാം പറയുമ്പോൾ ഈ താല്പര്യക്ക് മനസ്സിലാക്കണം അവിടെ ജ്ഞാനത്തിൽ നിന്ന് ഉന്മയിൽ നിന്ന് വേറിട്ട ആനന്ദം എന്ന് പറയുന്ന ഒന്നില്ല ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പോലെയുള്ള ഒരു ആനന്ദം അതില്ല അല്ലെങ്കിൽ ഇതിലും വലിയൊരാനന്ദം അതില്ല അതുകൊണ്ട് ബ്രഹ്മഭൂതനായി ബ്രഹ്മസ്വരൂപ അഭ്യതിരിക്തയാ അന്ന് വേർതിരിക്കാൻ വയ്യാതെ സ്ഥിതി ചെയ്യുന്നു ആ തത്വത്തെയാണ് പറഞ്ഞത് ഞാൻ അപോവച്ചാമ്മ അതിനെന്ന് പറഞ്ഞു സത്യം ജ്ഞാനം അനന്തം അപ്പം സത്യംജ്ഞാനം അനന്തമെന്നോ ആനന്ദമെന്നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അർത്ഥവ്യത്യാസമൊന്നും വരുന്നില്ല അതുകൊണ്ട് ഒരു വലിയ ആനന്ദം ഇങ്ങോട്ട് വരും കടല് വരുന്നത് എന്നിട്ട് ആനന്ദത്തിൽ മുങ്ങിപ്പോക ഒരു ദിവസം പിന്നെ പരമസുഖമായിരിക്കും ഇങ്ങനെയൊക്കെയുള്ള സങ്കല്പങ്ങളുണ്ടല്ലോ അതൊന്നുമല്ല ഇവിടെ ആനന്ദമെന്ന് ശ്രുതി പറയുന്നത് അത് നിത്യമായ ആനന്ദമാണ് സൗദൃപ്രകാശത്തെ പോലെ ബ്രഹ്മഭൂത വിദ്വാൻ ബ്രഹ്മസ്വരൂപനാണ് ഇവിടെ വിദ്വാൻ മറ്റൊരു സ്വരൂപമാകുന്നില്ല ബ്രഹ്മസ്വരൂപണിവ സർവാൻ കാമാൻ സഹശ്രുതി അവൻ സർവകാമങ്ങളെയും അശിക്കുന്നു അവൻ സർവകാമനകളെയും പൂർത്തീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ ബ്രഹ്മസ്വരൂപണ ബ്രഹ്മസ്വരൂപത്തിൽ എന്തായാലും അവന്റെ ആഗ്രഹം ദുഃഖ നിവൃത്തിയാണ് ദുഃഖനിവൃത്തിയെ അവന് സങ്കല്പിക്കാവുന്നത് പരമാവധി ഇങ്ങനെയാണ് എന്താണോ ഈ ദുഃഖത്തിന്റെ സ്ഥാനത്തെല്ലാം ഇപ്പൊ അനുഭവിക്കുന്ന ഈ തുച്ഛമായ ആനന്ദമൊന്നങ്ങറയുക അതാണ് ഇത്രയേലും സങ്കല്പിക്കാൻ കഴിയും അല്ലെങ്കിൽ പിന്നെ ദുഃഖ എങ്ങനെ മനസ്സിലാക്കും അതുകൊണ്ട് പറഞ്ഞു ശരി സർവകാമങ്ങളെയും അനുഭവിക്കുന്നു പക്ഷേ അത് അടുത്ത് പറയും എങ്ങനെയാണോ സർവജ്ഞത്വത്തെ വ്യാഖ്യാനിച്ചത് അവൻ സർവജ്ഞനായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ മനസ്സിലാക്കുന്നത് അതുപോലെ മനസ്സിലാക്കണം അവൻ സർവ്വകാമങ്ങളെയും അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ അല്ലാതെ വിശേഷിച്ച് അവിടെ ആനന്ദത്തിന്റെ വെള്ളപ്പൊക്കമൊന്നും വരത്തില്ല ആനന്ദത്തിന്റെ സുനാമിയൊന്നും പ്രതീക്ഷിച്ച് ജീവിക്കണ്ട യഥാ ഉപാധികൃത സ്വരൂപേണ വ്യക്തമായി പറയും ആത്മനാ ജലസൂര്യകാദി വത് പ്രതിബിംബഭൂതേന സാംസാരികേണ ധർമാതിനിമിത്ത അപേക്ഷാൻ ചക്ഷുരാധികരണ അപേക്ഷാശ കാമാൻ പര്യായേണ അശ്വിദേലോക അല്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെ എന്താണ് ഉപാധികൃതേന ഉപാധികൃതമായ ആനന്ദമുണ്ടല്ലോ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ആനന്ദത്തെക്കുറിച്ച് പറയും യുവാവിന്റെ ആനന്ദം രാജാവിന്റെ ആനന്ദം ദേവന്മാരുടെ ആനന്ദം ഇങ്ങനെ പല പലതരത്തിലുള്ള ആനന്ദങ്ങൾ ഓരോ ജീവന്റെയും ഉപാധിക്കനുസനുസരിച്ച് വരുന്ന ആനന്ദങ്ങൾ വലിയ ആനന്ദങ്ങൾ സ്വരൂപേണ ഉപാധികൃതയെന്ന സ്വരൂപീണ ആത്മന ജലസൂര്യഗാദി പ്രതിബിംബൂ എന്നാണ് ആനന്ദം ഏതുപോലെയാണ് ജലത്തിലുള്ള സൂര്യപ്രതിബിംബം പോലെ അതിൻ്റെ ഒരു പ്രകാശം പോലെ അതും പ്രകാശമാണ് പക്ഷേ അത് പ്രതിബിംബമാണ് അതുപോലെയുള്ള ഒരു ആനന്ദമാണ് അത് പ്രതിബിംബം എന്ന് പറഞ്ഞാൽ എന്താണ് അതും ഒരു ആനന്ദമാണല്ലോ എന്ന് വിചാരിക്ക സത്യമല്ല ആനന്ദം വെറും ഒരു പ്രതീതിയാണ് ഭ്രമമാണ് ഒരു പ്രതീതി അല്ലെങ്കിൽ ഒരു ഭ്രമത്തെ അനുഭവിച്ചുകൊണ്ടാണ് നമ്മൾ കരുതുന്നത് എന്താണോ വലിയ ആനന്ദം വേണമെന്ന് വെച്ചാൽ ഭ്രമം വേണം അതിനെ സ്വപ്നം കാണുന്നത് അതാണ് മോക്ഷം എന്ന് പറയുന്നത് നമുക്ക് പരിചയമുള്ള ചെറിയ ഭ്രമങ്ങളിൽ നിന്നും ഒക്കെ ഉപരിയായ വലിയൊരു ഭ്രമം അത് കേവല പ്രതീതിയാണ് പറയുന്നു അത് ജലസൂര്യകാധിപത് പ്രതിബിംബഭൂതിന് അത് കേവലം പ്രതിബിംബമാണ് ആനന്ദത്തെ അല്ല ഇവിടെ പറയുന്നു ആനന്ദ ശബ്ദം അതിനെ പറയാൻ പറ്റും ശരിയാണ് കാരണം ആനന്ദ ശബ്ദത്തിന്റെ വാച്യം അതാണ് ആനന്ദ ശബ്ദത്തിന്റെ വാച്യത്തെ അല്ല സ്വീകരിക്കേണ്ടത് അതിന്റെ ലക്ഷ്യത്തെയാണ് അവിടെ ആനന്ദമെന്നോ സത്തെന്നോ ചിത്തന്നോ എന്ന് പറഞ്ഞാലൊന്നും അർത്ഥവ്യത്യാസം വരുന്നില്ല ലൗകികമായി അർത്ഥവ്യത്യാസമുണ്ട് സത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉന്മ ചിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനം ആനന്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖമായ അർത്ഥവ്യത്യാസമുണ്ട് അവിടെ മൂന്നാണ് മൂന്ന് കാര്യങ്ങളെയാണ് പറയുന്നത് പക്ഷെ ഇവിടെ അതല്ല അതിൻ്റെ ലക്ഷ്യത്തെ എടുക്കും ഈ മൂന്ന് ഒന്നാകുന്ന ലക്ഷ്യത്തെ എടുക്കണം വയ്യാനന്ദമോ പറയുന്നു ജലസൂര്യകാധിപത് പ്രതിബിംബഭൂതെന്നാണ് ഇത് കേവലര് പ്രതിബിംബമാണ് മാത്രം വാസ്തവമല്ലായ സത്യമല്ലേ അല്ല അതൊരു പ്രതീതി കൽപ്പന മാത്രം ധർമാതിനിമിത്താപേക്ഷാ ചക്ഷുരാധികർണാപേക്ഷ അതെങ്ങനെ ധർമാതിനിമിത്തത്തെ അപേക്ഷിക്കുന്നു ധർമ്മത്തെ അപേക്ഷിക്കുന്നു ദേശകാലാതിനിമിത്തത്തെ അപേക്ഷിക്കുന്നു ചക്ഷുരാധികർണങ്ങളെ അപേക്ഷിക്കുന്നു പേക്ഷിക്കുന്നു പല കാര്യങ്ങളെ അപേക്ഷിക്കും കാമാൻ അതാണ് അതാണ് സുഖം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഖം അത് പര്യായുനാശ്വനിതേ ലോക അതിന് ഇനി മോക്ഷത്തിന്റെ ആവശ്യമില്ല എല്ലാ ജീവന്മാരും അത് മാറി മാറി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കുറേക്കാളും ഈ സുഖം അനുഭവിക്കും പിന്നെ പുണ്യഭാവങ്ങൾക്കനുസരിച്ച് സുഖമാണോ ദുഃഖമാണോ അതനുഭവിച്ച് തന്നെ തീരും അത് സാതിശയമാണ് ഏറ്റക്കുറച്ചിലുള്ളതാണ് അതിലൊരു വലിയ സുഖം അതനുഭവിക്കാം അതാണ് മോക്ഷം അതിനി ശരീരത്തിനിരുന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലോകത്ത് പോയോ എവിടെയുശരി അതിന് വിശേഷമൊന്നുമില്ല അത് പ്രതിബിംബമാണ് അത് വാസ്തവമില്ല അതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത് എന്ന് വ്യക്തമാക്കി പറയുകയാണ് കഥം തർി പിന്നെന്താ ഈ സുഖാനുഭവം എന്ന് പറയുന്നത് യഥോക്ത പ്രകാരേണ സർവാത്മന നിത്യബ്രഹ്മ ആത്മസ്വരൂപേണർമാതിനിമിത്തനപേക്ഷാ ചക്ഷുരാദി കണനിരപേക്ഷാശ സർവാൻ കാമാൻ സഹൈ ആശ്നിത യഥോക്ത പ്രകാരേണ സർവ്ഞേന നേരത്തെ പറഞ്ഞോളൂ സർവജ്ഞനു അപ്പൊ സർവകാമാനുഭവത്തെ സർവജ്ഞതയെപ്പോലും മനസ്സിലാക്കണം സർവജ്ഞതയെന്ന് പറഞ്ഞാൽ എന്താ അവിടെ അർത്ഥം പറഞ്ഞത് എല്ലാവരുടെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങളും അറിയുന്നുണ്ട് ഭൂതവും ഭാവിയും എല്ലാം അറിയുന്നുണ്ട് ഉത്പത്തി സ്ഥിതി നാശം എല്ലാം പ്രവചിക്കാൻ കഴിയും ഇതാണ് സർവജ്ഞത ഇതന്നെ ഇവിടെ പറയുന്നത് യഥോക്തപ്രകാരമാണ് സർവജ്ഞന മുമ്പ് എന്താണ് സർവജ്ഞതയെന്നത് ആ സർവജ്ഞത്വം എന്ന് പറയുന്നത് എന്താണ് ആത്മസ്വരൂപം തന്നെ ആ സർവജ്ഞത എന്ന് പറയുന്നത് ആത്മാവിന്റെ നിത്യ അപരോക്ഷതയാണ് ആത്മപ്രകാശത്തിൽ സർവവും പ്രകാശിക്കുന്നു എന്നുള്ളതാണ് സർവജ്ഞം വിഷയവും മനസ്സും കരണങ്ങളും ബുദ്ധിയുമെല്ലാം ആ പ്രകാശത്ത് സ്ഥിതി ചെയ്യുന്ന അതാണ് സർവജ്ഞ വിഷയജ്ഞാനത്തെയല്ല പറയുന്നത് അതിന്റെ പ്രകാശത്തിൽ സർവവും പ്രകാശിക്കുന്നു അപ്പൊ അവിടെ സർവജ്ഞത എന്ന് പറയുന്ന പ്രത്യേകിച്ചൊരു ധർമ്മമില്ലവൻ എന്താ അത് അതിന്റെ അപരോക്ഷത തന്നെയാണ് അതതിന്റെ സ്വരൂപം തന്നെയാണ് അതിന്റെ സ്വഭാവം തന്നെയാണ് അങ്ങനെ സർവജ്ഞനായിരിക്കുന്നവനാണ് ഇവിടെ സർവാനന്ദവും അവിടെ വെറുതിരിക്കാൻ സർവജ്ഞ സർവജ്ഞനും സർവകഥേന സർവവ്യാപിയായിരിക്കുന്നു സർവവ്യാപിയായിരിക്കുന്നതിനവന് ഇവിടെ നിന്ന് ആകാശമാർഗത്തിലൂടെ വേരെടുത്ത് പോകേണ്ട കാര്യം ആകാശഗമനമോ ഭൂതഗമനമോ അങ്ങനെയുള്ള സിദ്ധികളെന്ന് തന്നെ ഇവിടെ പറയുന്നു മറിച്ച് എന്താണ് സർവവ്യാപിക ആത്മസ്വരൂവുമായിരിക്കുന്നു സർവാത്മന സർവസ്വരൂവുമായിരിക്കുന്നു സർവപരോക്ഷമായിരിക്കുന്നു ഇവിടെയാണോ അറിവ് പ്രകാശിക്കുന്നത് അവിടെ അത് അപരോക്ഷമായി തന്നെ പ്രകാശിക്കുന്നു അറിവ് പ്രകാശിക്കുക പരോക്ഷമായിരിക്കുക അത് സാധിക്കും എവിടെ പ്രകാശിക്കുന്നു ഓരോ ശരീരവും മനസ്സ് ഇന്ദ്രിയങ്ങൾ തുടങ്ങിയ ഉപാധികളെ ആശ്രയിച്ച് അത് സർവത്ര പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു സർവവ്യാപകമായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു സർവാത്മന നിത്യ ബ്രഹ്മത്മസ്വരൂപേണ നിത്യമായിരിക്കുന്ന ആ ബ്രഹ്മ അപരോക്ഷരൂപത്തിൽ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അന്യമാകും മനസ്സന്യമായി ഒന്നിനെ പഠിക്കാൻ പോകും അതുകൊണ്ട് പറയുന്നു ആത്മസ്വരൂപത്തിൽ അപരോക്ഷരൂപത്തിൽ സ്വയം അറിവായി അത് പ്രകാശിക്കുന്നു അതാണതിന്റെ ആനന്ദാനുഭവം ധർമാതിനിമിത്ത അനപേക്ഷാൻ അതിന് ധർമാദികളെ ആശ്രയിക്കേണ്ട കാര്യമില്ല ആനന്ദത്തെ അനുഭവിക്കണമോ അതിന് സമാധിയിലെ ആനന്ദാനുഭവമായാലും ശരി അതിന് പുണ്യത്തിൻ്റെ അപേക്ഷയുണ്ട് ധർമ്മമേഘം ഇതം പ്രാഹു സമാധി യോഗവിധമാധിയെ കുറിച്ച് വർണ്ണിക്കുന്നിടത്ത് പറയും എന്താണ് അവിടെ ധർമ്മവൃദ്ധി കൊണ്ടാണ് സമാധി സംഭവം പുണ്യവൃദ്ധി അതുകൊണ്ടാണ് അതിനെ ധർമ്മമേഘ സമാധിന്ന് പറയും പുണ്യത്തിന്റെ വൃദ്ധി കൊണ്ട് സംഭവിക്കുന്ന ആ സുഖം ആ സുഖവല്ല ഇവിടെ ഇവിടെ അതും തുച്ഛമാണ് ആ സുഖത്തെയും തുച്ഛമാക്കുന്നതാണ് സമാധിസുഖത്തെയും നിസ്സാരമാക്കുന്നതാണ് എന്തുകൊണ്ട് ധർമാദി നിമിത്ത അനപേക്ഷാൻ ധർമാദി ഒരു നിമിത്തത്തെയും അപേക്ഷിക്കുന്നില്ല ചക്ഷുരാദി കരണനിരപേക്ഷ ചക്ഷുരാദി കർണങ്ങളെ മനസ്സിനെ പോലും ആശ്രയിക്കുന്നില്ല മനസ്സിനെ ആശ്രയിക്കുന്നു കരണങ്ങൾ അതിനെ ആശ്രയിക്കുന്നു അതിനെ ആശ്രയിച്ചു വരുന്ന അതിനെ ആശ്രയിച്ചേക്കുന്നു ആ നിലയിൽ പറയുന്നു സർവകാമാൻ സഹൈബാശ്വരത അവൻ സർവകാമങ്ങളെയും യുഗപദ് അനുഭവിച്ചു നിൽക്കുന്നു അവ പ്രകാശത്തിൽ അവൻ പ്രകാശിക്കുന്നു സർവജ്ഞന മേധാവി സർവജ്ഞൻ ബുദ്ധിമാൻ എന്ന് പറയുന്ന ആ ആത്മാവിനെ തന്നെ പറയുക വിപശിത്വം ബുദ്ധിമാനെന്നാണ് എന്താണ് തദ്ധി വൈപശ്ചിത്യം എന്താണ് ആ ബുദ്ധിമത്വം ആ സാമർഥ്യം എന്താണ് ഈ സർവസുഖത്തെ അനുഭവിക്കുന്നതിനുള്ള സാമർഥ്യം ഈ സർവജ്ഞത്വം ആ ആ സർവ്വ സദാ അപരോക്ഷമായി ആ തത്വം പ്രകാശിക്കുന്നു എന്ന് പറയുന്ന തേന സർവജ്ഞ സ്വരൂപേണ് ബ്രഹ്മണ അശ്വനത്തെ അപ്പൊ ആ സർവജ്ഞ സ്വരൂപത്തിലുള്ള ബ്രഹ്മം അത് ആ സർവജ്ഞസ്വരൂപത്തിൽ പ്രകാശിക്കുന്നു അതാണ് അവന്റെ കാമാനുഭവം ഇതിശബ്ദവും മന്ത്രപരിസമാപ്തി അതാണ് സർവജ്ഞതയുടെയും സർവകാമ അനുഭവത്തിന്റെയും വ്യാഖ്യാനം അതുകൊണ്ട് ഈ രണ്ട് ശബ്ദങ്ങൾ എന്താണ് അവൻ സർവകാമങ്ങളെ അനുഭവിക്കുന്നു അല്ലെങ്കിൽ അവൻ സർവജ്ഞനാണ് എന്ന് പറയുന്നത് അദ്വൈത മതമനുസരിച്ച് ഇങ്ങനെ മനസ്സിലാവണം എന്നാണ് പൗരാണികമായും മറ്റും വ്യാഖ്യാനിക്കുമ്പോൾ പലതരത്തിന് ഇതിനടക്കം പറയും സർവ്വകാമുകളെ അനുഭവിക്കുന്നു പറഞ്ഞാൽ മരണശേഷം അവൻ സ്വർഗത്തിലോ വൈകുണ്ഠത്തിലോ പോയി അവിടെ ദുഃഖമില്ലാത്ത സുഖത്തെ അനുഭവിക്കുന്നു അങ്ങനെ എല്ലാം മനസ്സിലാക്കും പക്ഷെ ഭക്ഷ്യകാരൻ അതിനെ അതല്ല സ്വീകരിക്കുന്നു സംബന്ധിച്ച് അദ്വൈതത്തെ സംബന്ധിച്ച് അതൊന്നും സുഖാനുഭവമല്ല അതൊന്നും സർവജ്ഞത്വമല്ല അദ്വീതത്തിൽ ഈശ്വരൻ സർവജ്ഞനാണെന്ന് പറഞ്ഞാൽ പോലും പറയുന്നതാണോ അത് ഉപാധി ആശ്രയിച്ചുള്ളതാണ് ഈശ്വരന്റെ സർവജ്ഞത പോലും പരമാർത്ഥമല്ല ഈശ്വരന്റെ എന്ന് പറയുന്നിടത്ത് കേവലം ആത്മാവിന്റെ സർവജ്ഞത് ആത്മസ്വരൂപമായ സർവജ്ഞത് ആത്മസ്വരൂപമായ സർവകാമഭോക്തൃത്വം ഇത് മാത്രമേ ഇവിടെ സ്വീകരിക്കുന്നു മറ്റൊന്നിനെ സ്വീകരിക്കുന്നു മറ്റേതൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നുണ്ടല്ലോ അതൊക്കെ ഉണ്ടാകാമില്ലാതിരിക്കാം പക്ഷേ അദ്വൈത തത്വത്തിൽ അതിനൊന്നും യാതൊരു സ്ഥാനവുമില്ല അത് നിത്യ അപരോക്ഷമായ ആത്മാവിനെ മാത്രമേ ആനന്ദസ്വരൂപവുമായും സർവജ്ഞസ്വരൂവുമായും എല്ലാം സ്വീകരിക്കുന്നു മറ്റുള്ളതൊക്കെ മറ്റു ആനന്ദ അനുഭവങ്ങളും സർവജ്ഞതയും മറ്റുള്ളതെല്ലാം എന്താണ് കേവല പ്രതീതി അതിലുള്ള അതിന് യാതൊരു വിശേഷതയും കല്പിക്കുന്നില്ല അതൊക്കെ ആകാം ആകാതിരിക്കാം ഇവിടെ അല്പജ്ഞനവും ഉണ്ടാകാം സർവജ്ഞനവും ഉണ്ടാകാം ആയിക്കോട്ടെ ഇവിടെ ദുഃഖം അനുഭവിക്കുന്നതിനും ഉണ്ടാകാം സുഖം അനുഭവിക്കുന്നതിനും ഉണ്ടാകാം ലൗകികസുഖം അനുഭവിക്കുന്നവർ കാണും സമാധിസുഖം അനുഭവിക്കുന്നവർ കാണും എന്ത് സുഖമായാലും ശരി എന്ത് സുഖാനുഭവമായാലും ശരി അതല്ല എന്താണ് കേവലം പ്രതീതി ആഭാസം ഇതാണ് അദ്വൈത മുഖ്യസിദ്ധാന്തം അതാണ് നമ്മുടെ ഭാഷകാരൻ വിശദീകരിച്ചത് സർവയവ വല്യ ബ്രഹ്മവിദാത്മനവദി പരമിതി ബ്രാഹ്മണവാക്യ സൂത്ര ഈ വന്യയുടെ പരവുമായ താല്പര്യത്തെ ശ്രുതി പറയാൻ വേണ്ടിട്ടാണ് പറഞ്ഞത് ബ്രഹ്മവിദ് ആത്മനവദി നമ്മുടെ സംശയം എന്താ ബ്രഹ്മം ആരാ ബ്രഹ്മവിത്ത് എന്താണ് പരം അതിനുവേണ്ടിയിട്ട് ബാക്കിയുള്ള വ്യാഖ്യാനങ്ങളെല്ലാം വന്ന് സജസൂത്രിതോ അർത്ഥ സംക്ഷേപതോ മന്ത്രേണ വ്യാഖ്യാതൂത്രിതർത്ഥ ഒരു സൂത്രരൂപത്തിൽ ചുരുക്കി പറഞ്ഞ അർത്ഥത്തെ അധികം വിശാലമാക്കാതെ സംക്ഷേപത എന്ന് പറഞ്ഞാൽ അക്ഷരത്തെ ചുരുക്കി എന്നാണ് സംക്ഷേപത്തിന്റെ അർത്ഥം ആശയത്തെ ചുരുക്കി ഉണ്ടോ ചുരുങ്ങിയ വാക്കുകളിൽ മന്ത്രം തന്നെ വ്യാഖ്യാനിച്ചു മന്ത്രരൂപത്തിൽ വ്യാഖ്യാനിച്ചു പുനഃതസീവ വിസ്തരേണ അർത്ഥനിർണ്ണയ കർത്തവ്യ ഇനി അതിനെ തന്നെ വളരെ വിസ്തരിച്ച് അർത്ഥനിർണ്ണയം ചെയ്യണം അതാണ് അതിന്റെ ശൈലി സൂത്രം ഭാഷ്യം ആദ്യം സൂത്രരൂപത്തിൽ വളരെ ചുരുക്കി പറയും ഇതിനങ്ങനെ ചുരുക്കി പറയുന്നത് കാരണം ചുരുക്കി പറഞ്ഞാൽ അത് മതിയെന്ന് തോന്നുന്നവരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ചുരുക്കി പറയുന്നത് അവർ ഒരുപാട് വ്യാഖ്യാനിച്ച് വിസ്തരിപ്പിച്ച് മോഷ്ടിക്കേണ്ട കാര്യം അത് പര്യാപ്തമായവർക്ക് ചുരുക്കി പറയുന്നു പക്ഷേ ചുരുക്കി പറഞ്ഞാൽ പിടികിട്ടിയില്ലെങ്കിൽ കുറച്ച് ശബ്ദത്തിൽ കൂടുതൽ വിശദ ആശയത്തെ വിശദമാക്കും അതും പോരാതെ വന്നു കഴിഞ്ഞാൽ പുനഃസസയോ വിസ്തരേണ അർത്ഥം നിന്നെ കർത്തവ്യം പിന്നെ അതിനെ വളരെ വളരെ വിശദീകരിക്കുന്നു അതിന്റെ നാനാ ഭാഗങ്ങളെക്കുറിച്ച് സംശയങ്ങളുണ്ടാകുന്നു ആ നാനാത്വത്തിൽ വരുന്ന സംശയങ്ങളെ പരിഹരിക്കുന്നതിന് നാനാ രീതിയിൽ വിശദീകരിക്കുന്നു വിശദീകരിച്ച് വിശദീകരിച്ച് വീണ്ടും വീണ്ടും ആ തത്വത്തിലേക്ക് തന്നെ കൊണ്ടുപോകുന്നു ആ ചുരുക്കി പറഞ്ഞപ്പോൾ ആ തത്വത്തിൽ ഉറച്ചിരുന്നെങ്കിൽ പിന്നെ ആവശ്യമില്ല തത്വമസി എന്ന് ശ്തി പറഞ്ഞപ്പോ അവന് കാര്യം പിടികിട്ടിയിരുന്നെങ്കിൽ പിന്നീട് ആവശ്യമുണ്ട് പിന്നെ കോടിക്കോടി ഗ്രന്ഥങ്ങളുടെ ആവശ്യം പക്ഷെ ഇത് ബോധിപ്പിക്കുന്നതിന് വേണ്ടി ശ്രുതി തന്നെ എന്ത് ചെയ്യുന്നു വീണ്ടും വളരെ വിസ്തരിച്ച് വിപുലമായതിനെ പറയുന്നു കർത്തവ്യുത്തര തദ്വൃത്തിസ്ഥാനീയോ ഗ്രന്ഥ ഈ പറഞ്ഞതിൻ്റെ എല്ലാം വ്യാഖ്യാന രൂപത്തിലുള്ള ഗ്രന്ഥ ഭാഗം ആരംഭിക്കുന്നു തസ്മാസ്മാകാശ് എന്നു പറഞ്ഞ് തുടർന്നു വരുന്ന ഭാഗങ്ങൾ വീണ്ടും വിശദീകരിച്ച് വിശദീകരിച്ച് അതായത് ആ ബുദ്ധി എങ്ങനെയാണോ അവന്റെ ബുദ്ധി എത്രമാത്രം അസംസ്കൃതമാണോ അതിനനുസരിച്ച് തത്വത്തെ വിശദീകരിക്കേണ്ടി അതുകൊണ്ട് ഇതിനെ കേൾക്കുന്നവൻ ആവർത്തിക്കേണ്ടി വരും പറയുന്നവനാവർത്തിക്കേണ്ടി വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് ഇതിന് മനനം ചെയ്യേണ്ടി വരും അത് ശ്രുതി തന്നെ ചെയ്യുന്നു എന്നത് വേറെ വഴിയില്ല തത്വഗ്രഹണത്തിന് വേറെ വഴിയില്ല ശരോണ മനനങ്ങളല്ലാതെ മൂന്നാമതൊരു വഴിയില്ല തത്വഗ്രഹണ അതിനു വേണ്ടിയിട്ട് ഇതിനെ ആവർത്തിക്കുന്നു